തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലം മഹാ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവത്വ്യാപ്തേഹിണാമൂർത്തേ നമ യന്തിമധ്യം നി കരചരണംഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണവതി പുരുഷോ നസം നീ നം നൈകാരം നമരണം നംപം തം നോ തഹജ സമരസം സദ്ഗുരും തം നമാ സദാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാസ്മദാചാര്യപര്യം വന്ദേ ഗുരുപരംപരാ മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാനം വർഷിട്ടാത്തേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചിന് മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണമൂർത്തിമീഢേ വേദന്ഭാസകാതയേ ശാന്യ സന്യാദിന്ദ്രസംഗ യോഗീന്ദ്രവ്യ മോഹധ്വാന്തതിവാകരാ भगवत्पादाभितां വിഭ്രത്തെ തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാഹം മൃണ്മയവ്ജടാത്മകഹം ബുദ്ധിർന്ന ഹം തുക്തിസമയേ സിദ്ധാത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയ ദൃഷ്ടനിത്മന സോഹം സ്ഫൂർത്തിയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണാൂർണസുധബ്ധേ കപളിതഘനവിശ്വകിരണാവലിയ അരുണാചല പരമാൻ അരുണോഭവിത്തഞ്ചസുവിക്കാ റരുചലസർവൂസ് പ്രലീനമേതം ഹൃദ്യഹിത്മതയാൃത്യശിഭോ തേ വദി ഹൃദയം नाम। അഹമിതി കൂത ആയാതീന്ഷ്യന്ത പ്രവിഷ്ടയാമലധ്യം അവഗമ്യസ്വം ൂപം ശാമ്യരുണാചല നീവാബ്ധൗ തെക്കവിഷയം ബാഹ്യം രുദ്ധപ്രാണന രുദ്ധമനസം ധ്യയൻ പശ്യത്തിരുണാചല മഹീയം തേ ർപ്പമനസ ം പശ്യൻ സർവവാ സതതും ഭജത്തെ അനന്യീ സജയത്യുണാചല ഖേ മഗ്നം ഹൃദയകുഹരമധ്യേ കെയലം ബ്രഹ്മമാത്രം ഹ്യഹമഹ സാക്ഷാ ആത്മരുപേണ ഭാതി ഹൃദിവിഷമനസാ സ്വം ചിൻവതാ പവനച്ചലനോധാത്മനിഷ്ടോഭവന്ത പ്രവിശ്യ മമമിമാം പ്രസുപ്തം സഞ്ജീവയ ഖില ശക്തിധരസ്വതാ അനിയംശഹസ്തരണ്രവണത് പ്രാണന്നോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി പാർയ പ്രതിബോധിതം ഭഗവത്ത ായണേന സ്വയം വ്യസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരതം അദ്വൈതമൃതവർഷിണം ഭഗവതി അഷ്ടാദാധ്യംഭക്സധാമി ഭഗവത്ഗീതീം നമോസ്തു വ്യാസവിശാലുദ്ധി ഫുൾാരവിന്യ തേത്രം പ്രജ്വാലിതോ ജാനമയ പ്രദീപ പ്രപ്പന്നപാരിജത്രവൈത്രൈകണ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപരിഷദോ ഗാവോ ദോ ഗോപാലന ം കംസചാണൂരമർ ദകീ പരമാനന്ദം കൃഷ്ണവേ ജഗദ്ഗുരു മൂക്കം കോതി വാചാളം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധമം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമൃതഹം സ്തുൻവത്തിവസ്തവൈ ഗായമഗാ ധ്യനവസ്ഥതഗത്തെ മനസാ യം ന വിദുസുരാഗണേ തസ്മൈന പാർത്ഥസാരഥി ശ്രാവി ശുഭം ഗിരം പാർത്ഥയാർത്തിഹരോ ദൂർത്തിനീഭവാൻ ഉവാചം സത്വസംശുദ്ധി दानं ജ്ഞാനോവസ്ഥിതിമശ്ച യശ്ചസ്വാധ്യയസ്ത ആർജവം अहिंसा സത്യം അക്കോധ ത്യാഗ് ശാന്തിരപൈഷുനം യാ ഭൂതേോലുക് മാർവം ഹ്രീരചാല തേജക്ഷമാധൃതി ശൗചം അദ്രോഹോതിമാനിതീ संपदं ദീ അഭിജാത ഭാരത ഇന്നലെ അഭയം സത്വസംശുദ്ധി ജ്ഞാനോകാനം ദ യശ്ശവാധ്യും പറഞ്ഞു ഇതൊക്കെ ധനാ ലക്ഷണങ്ങളാണ് സാധകൻ എന്ന് പറയുമ്പോൾ തന്നെ സാധിക്കാൻ എന്തോ ഒന്നുണ്ട് സാധനയുടെ ഉദ്ദേശം എന്തോ ഉൽപ്പാദിപ്പിക്കാനുണ്ടാവണം സംസ്കരിക്കാനുണ്ടാവണം നേടിയെടുക്കാനുണ്ടാവണം ഒന്നിനെ മറ്റൊന്നായി മാറ്റി തീർക്കാനുണ്ടാവണം ഇതിനൊക്കെ കർത്തൃത്വവും ഭോക്തൃത്വവും ഉണ്ടാവണം അങ്ങനെയുള്ളവരാണ് ഉപാസകൻ എന്ന് പറയണത് ഉപാസനയ്ക്ക് ദർ ഈസ് സംതിങ് ടു അച്ചീവ് ഉപാധിയുടെ മണ്ഡലത്തിൽ അച്ചീവ്മെന്റ് ആണ് ജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ അച്ചീവ്മെന്റേ ഇല്ല നിത്യസിദ്ധമാണ് ജ്ഞാനം ചിത്തശുദ്ധി ഉണ്ടാവുമ്പോഴാണ് ജ്ഞാനം പ്രകാശിക്കുന്നത് ആത്മവിചാരം ചെയ്യാൻ സാധിക്കുന്നത് ഒക്കെ അപ്പൊ ചിത്തം ശുദ്ധാവണമെങ്കിലോ ഈ കർമ്മശുദ്ധി ആദ്യം കർമ്മത്തിനെ യോഗമായി ചെയ്ത് കർമ്മം ശുദ്ധമാവണം രണ്ട് ഉപാസന കൊണ്ട് ചിത്തം ശുദ്ധാവണം ആ ഉപാസനയാണ് ഇവിടെ പറയണത് ഉപാസന എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കുന്നതിനെയാണ് ഉപാസന എന്ന് പറയണത് അല്ലെങ്കിൽ മന്ത്രം ജപിക്കൽ പക്ഷേ അധ്യാത്മമായി നമുക്ക് വേണ്ടതായ ഗുണങ്ങളെ ാനിച്ചു വളർത്തിയെടുക്കുന്നതാണ് മുഖ്യമായ ഉപാസനയുടെ ലക്ഷ്യം അതിനാണ് ഉപാസ്യമായ ഒരു ദേവതയെ ധ്യാനിക്കുന്നത് പോലും ആ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ വരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ കുറേ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു അതിൽ മുഖ്യമായിട്ട് ഓർത്തൂള സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്ന് വെച്ചാൽ സത്വസംശുദ്ധി ആണോ സത്വഗുണം ശുദ്ധമാവുക ശുദ്ധമാവുമ്പോഴാണ് ജ്ഞാനയോഗ വ്യവസ്ഥിതി ആത്മവിചാരം ചെയ്യാനുള്ള ശക്തി ഒരാളില് ഉണരണത് പ്രചോദിതമാവണത് അതാണ് ഗായത്രി മന്ത്രത്തിൽ പ്രചോദയാത് പ്രചോദയാത് സത്വസംശുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ ബുദ്ധിയെ തെളിക്കട്ടെ ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കട്ടെ അപ്പോ ആ പ്രചോദനമാണ് ഇവിടെ ഉദ്ദേശം യജ്ഞ സ്വാധ്യായ തപ ആർജവം സ്വാധ്യായം എന്നുവെച്ചാൽ ഇന്നലെ അവിടെയാണ് നമ്മൾ നിന്നത് സ്വാധ്യായം എന്താണ് അധ്യായം എന്നുവച്ചാ അധ്യാപനം അദ്ധ്യ അധ്യയനം പഠിക്ക എന്നർത്ഥം ഋഷി ഋണം തീർക്ക എന്ന് നില പറഞ്ഞു ഋഷികളോട് നമുക്കുള്ള കടം തീർക്ക കടം തീർക്കണത് ഋഷികൾ നമുക്ക് തന്നു ശാസ്ത്രങ്ങളെ അധ്യയനം ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നലെ മറ്റൊരു കാര്യവും പറഞ്ഞു നിത്യാനുഷ്ഠാനത്തിൽ ബ്രഹ്മയജ്ഞം എന്നൊരു ഭാഗമുണ്ട് ഈ ബ്രഹ്മയജ്ഞം ഇപ്പൊ കടം തീർക്കാനായിട്ടാണ് ഇരിക്കണത് എന്നുവെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ തിരിച്ചു കൊടുക്കണതാണല്ലോ കടം തീർക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ ബ്രഹ്മയജ്ഞം എന്നുവച്ചാൽ ആത്മസാക്ഷാത്കാരത്തിനെ ഉദ്ദേശിച്ചും കൊണ്ട് അത്തരത്തിലുള്ള ബ്രഹ്മവിദ്യാ പ്രകാശകമായ ശാസ്ത്രങ്ങളെ പഠിക്കുകയും മനനം ചെയ്യുകയും നിധിധ്യാസനം ചെയ്യുകയാണ് ബ്രഹ്മയജ്ഞം അതിനാണ് സ്വാധ്യായം എന്ന് പറഞ്ഞത് നമ്മൾ ഗീത പഠിക്കണതും ഭാഗവതം പഠിക്കണതും ഒക്കെ സ്വാധ്യായമാണ് പക്ഷേ ഭാഗവതം പഠിക്കുമ്പോഴും ഈ സ്വാധ്യായത്തിലൊരു കാര്യമുണ്ട് സത്വസംശുദ്ധിക്ക് ശേഷമാണ് സ്വാധ്യായം പറഞ്ഞത് ഇപ്പൊ ധാരാളം പേര് ഭാഗവതം ഗീതയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പക്ഷെ സത്വസംശുദ്ധിക്ക് ശേഷമാണ് സ്വാധ്യായത്തിന് സ്ഥാനം കൊടുത്തത് എന്നു വച്ചാൽ ഈ സ്വാധ്യായം ചെയ്യുന്ന ആൾക്ക് വേറെ ഒരു ഉദ്ദേശം ഉണ്ടാവാൻ പാടില്ല ഗീതയോ ഭാഗവതമോ പഠിക്കുമ്പോ എന്റെ മുമ്പിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ എനിക്ക് ഭഗവത് പ്രാപ്തി ഉണ്ടാവണം ഭക്തി ഉണ്ടാവണം ജ്ഞാനുണ്ടാവണം എന്നുള്ള അലൗകികമായ ലക്ഷ്യമേ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലാതെ ഗീത പഠിച്ചിട്ട് എനിക്ക് പഠിപ്പിക്കണം എനിക്ക് പ്രസംഗം ചെയ്യണം ഭാഗവതം പഠിച്ചിട്ട് എനിക്ക് കുറെ ശിഷ്യന്മാരെ ഉണ്ടാക്കണം പഠിപ്പിക്കണം പലതരത്തിലാവാം ചിലർ പറയണത് ഒരു ന്യായീകരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ പഠിപ്പിച്ച നാലുപേരെ പഠിപ്പിച്ച ഞാൻ പഠിക്കുമല്ലോ എന്നാണ് അങ്ങനെ പഠിക്കില്ല നാലുപേര് മുമ്പില് നമ്മളുടെ മുമ്പില് വന്നു കഴിയുമ്പോ തന്നെ നമ്മൾ ഒരാളായിട്ട് മാറും അപ്പോ നമുക്ക് വേണ്ടി നമുക്ക് പഠിക്കാൻ പറ്റില്ല ലൗകിക വിദ്യാഭ്യാസമൊക്കെ അങ്ങനെ നടക്കും മറ്റുള്ളവർ സംസ്കൃതം വ്യാകരണമൊക്കെ പഠിക്കണമെങ്കിൽ ഒരാളെ പഠിപ്പിച്ചാൽ മതി നമ്മൾ പഠിക്കും സംസ്കൃതം ഭാഷയാണ് പഠിപ്പിക്കണമെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കും പക്ഷെ ഇത് അധ്യാത്മവിഷയാണ് ഇവിടെ ഞാൻ അധീതി ബോധ ആചരണ പ്രചരണം ആദ്യം അധ്യയനം ചെയ്യുക മനനം ചെയ്യുക സ്വാംശീകരിക്കുക സ്വാനുഭവത്തിൽ വരിക വന്നിട്ട് ഈശ്വരൻ നിയതിയാ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് പറയിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ ഒരു തലയിലെടുത്ത് വെച്ചാലേ ചെയ്യാൻ പാടുള്ളൂ അതിനു വേണ്ടിയിട്ട് പഠിക്കാൻ പാടില്ല പഠിച്ചു കഴിഞ്ഞിട്ട് തനിയെ നടക്കുകയാണെങ്കിൽ സ്വയമേവ നടക്കുകയാണെങ്കിൽ നല്ലത് കുഴപ്പമില്ല നമ്മൾ ഭാഗവതമൊക്കെ പഠിച്ചു നമ്മളത് നമ്മളുടേതാക്കി തീർത്തു പഠിക്കുമ്പോ നമുക്ക് നമ്മളുടെ മുമ്പിൽ ഓഡിയൻസോ അല്ലെങ്കിൽ പ്രസംഗിക്കലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാനേ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആ സ്വാധ്യായം ആത്മാർത്ഥമായിട്ട് പ്രയോജനപ്പെടില്ലീതയും ഭാഗവതമൊക്കെ എനിക്ക് പാരായണം ചെയ്യണ കാലത്ത് പ്രത്യേകിച്ച് ഗീത പാര ആദ്യമായിട്ട് തുടങ്ങിയപ്പോ ആരെങ്കിലും ഈ ഗീത പ്രസംഗിക്കും എന്ന് പോലും എനിക്കറിയില്ല ഒന്നും കേൾക്കാനും പോയിട്ടില്ല ആരുടെയും പ്രസംഗം കേൾക്കാനും പോയിട്ടില്ല പ്രഭാഷണം കേൾക്കാനും പോയിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ട് ഞങ്ങളുടെ അവിടെയൊന്നും ഇങ്ങനെ ഗീതാ ക്ലാസോ പ്രഭാഷ അന്നത്തെ ഒരു വയസ്സായവർക്ക് പിന്നെ പറയുക വേണ്ട എന്റെ കുട്ടിക്കാലത്ത് തന്നെ അതൊന്നും അവിടെ ഇല്ല അതൊക്കെ ഞാൻ തന്നെ കാണുന്നത് ഞാൻ പറയാൻ തുടങ്ങിയ ശേഷമാണ് വേറെ ഒരാളുടെ പ്രസംഗം കേൾക്കുന്നത് പിന്നെയാണ് അറിയണത് വലിയ ഭാഗ്യമായിരുന്നു അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതൊക്കെ അധ്യയനം ചെയ്യണ കാലത്ത് ഇതൊക്കെ നമ്മളുടെ മുമ്പിൽ വന്നിരുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളുടെ ഉള്ളില് സത്വസംശുദ്ധി ഉണ്ടാവില്ല ഇതൊന്നും നമുക്ക് പ്രയോജനപ്പെടില്ല അതുകൊണ്ട് സ്വാധ്യായത്തിന് ഒറ്റ ലക്ഷ്യമും മോട്ടിവേഷനും ഉദ്ദേശം ഒന്നും ഉള്ളിലുണ്ടാവാൻ പാടില്ല ശുദ്ധമായിട്ട് അത് നമുക്ക് വേണ്ടി മാത്രം ആത്മാർത്ഥമായിട്ട് അത് അധ്യയനം ചെയ്യുകയാണെങ്കിൽ നമുക്കത് ആത്മാനുഭൂതിയായിരിക്കും ശാന്തിയായിരിക്കും സുഖമായിരിക്കും ആനന്ദമായിരിക്കും ധാരാളം സമയമുണ്ട് സമയം ചെലവഴിക്കേണ്ടത് സ്വാധ്യായത്തിലാണെന്നാണ് മീറ പരമഭക്തയായ മീറ ഒരു പാട്ടില് പറയണ്ട് എനിക്ക് സമയമുണ്ട് എനിക്ക് ഒന്നും ഒരു പണിയുമില്ല ഞാൻ ഏകാന്തത്തിലിരിക്കണു ഏകാന്തത്തിലിരുന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഗീത ഭാഗവത് വാച്ചുങ്കി കൃഷ്ണന്റെ പേര് പറഞ്ഞ് ഞാൻ നർത്തനം ചെയ്യും ഗീത ഭാഗവത് വാച്ചുങ്കി നാച്ചുങ്കി ഞാൻ ഡാൻസിയും ഭഗവാന്റെ നാമം സങ്കീർത്തനം ചെയ്ത് ഞാൻ നർത്തനം ചെയ്യും ഏകാന്തമായ ആരുടെയും യാതൊരുവിധ ഡിസ്റ്റർബൻസും ഭാഗവതവും ഗീതയും ഞാൻ പഠിക്കുമെന്നാണ് ഗീത ഭാഗവത് വാച്ചുങ്കി അങ്ങനെയാണ് സ്വാധ്യായം അപ്പൊ സ്വാധ്യായ സ്വാധ്യായം ഒരു തപസ്സാണ് സ്വാധ്യായവും തപസ്സിന്റെ ഒരു ഭാഗമാണ് തപസ് എന്ന് വെച്ചാൽ ഒരർത്ഥത്തിൽ അഭയം ആദ്യത്തെ പടി അഭയം എന്നുള്ളതിനെ വേണമെങ്കിൽ സന്യാസം എന്നർത്ഥം കൊടുക്കാം സന്യാസം എന്ന് വെച്ചാൽ ഭഗവത് സാക്ഷാത്കാരത്തിനെ ഉദ്ദേശിച്ച് ബാക്കിയുള്ള പണികളും ചുമതലകളും ഒക്കെ മാറ്റിവെക്കാനുള്ള ധൈര്യത്തിന് പേരാണ് സന്യാസം ഈശ്വര സാക്ഷാത്കാരത്തിനെ ഉദ്ദേശിച്ച് നോക്കൂ അപ്പോ ബാഹ്യമായി നിങ്ങൾ സന്യാസം എടുത്തുവോ ഇല്ലയോ റിട്ടയർ ആയിക്കഴിഞ്ഞു അങ്ങനെയുള്ള ആളുകളെങ്കിലും എടുക്കായിപ്പോ തൽക്കാലത്തേക്ക് റിട്ടയർ ആയിക്കഴിഞ്ഞു വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ ഇനിയിപ്പോ ഒന്നും ഒരു ഉദ്ദേശമില്ല ധാരാളം സമയുണ്ട് ഇനിയുള്ള സമയം ഭഗവാന് വേണ്ടി ഞാൻ അർപ്പണം ചെയ്യാണ് അപ്പൊ എന്ത് ചെയ്യും സ്വാധ്യായ തപ ഇത് രണ്ടും അടുത്തടുത്ത് പറഞ്ഞു ഭഗവാൻ സ്വാധ്യായവും തപസ്സുമാണ് ഋഷികളൊക്കെ അങ്ങനെ വസിച്ചവരാണ് കാട്ടില് അവരെന്ത് ചെയ്യും ഇപ്പൊ ആളുകൾ റിട്ടയറായ ഉടനെ ചോദിക്കണ ചോദ്യം ഇനി എന്ത് ചെയ്യും റിട്ടയർ ആവൽ തന്നെ പലർക്കും ഭയമായിട്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എന്ത് ചെയ്യും അതുകൊണ്ട് റിട്ടയറായ ശേഷവും പിന്നെ എവിടെയെങ്കിലുമൊക്കെ പണി കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുക ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും ഒരു ഡിസ്ട്രാക്ഷൻ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ചിലർക്ക് സുഖം തെറ്റില്ല ആ ചിലരെ അങ്ങനെ പണി ചെയ്തുകൊണ്ടിരുന്നാൽ ആരോഗ്യമായിട്ടിരിക്കും കുറച്ചു കാലം കൂടെ സമാധാനമായിട്ടിരിക്കും അവർ ചെയ്തുകൊണ്ടിരുന്ന പണിയും ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ ലൗകികമായ അർത്ഥത്തിൽ ലൗകികമായ ഒരു ഡെഫിനേഷനിൽ അല്ലെങ്കിൽ എന്താ ഒരു ഉദ്ദേശം മാത്രമുള്ളവർക്ക് അത് കുഴപ്പമില്ല തെറ്റു പറയാനില്ല എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യമായിട്ടിരിക്കും പക്ഷെ അധ്യാത്മമായിട്ട് വരുമ്പോ നിത്യാനുഷ്ഠാനം അഭ്യസിച്ചിരിക്കുന്നവർക്ക് റിട്ടയർ ആവുന്നതിന് മുമ്പ് തന്നെ റിട്ടയറായി കഴിഞ്ഞാൽ ഉള്ള സമയം മുഴുവൻ ഭഗവത് സ്മരണത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ടുള്ള ഒരു ഭാവന ഉള്ളിലുണ്ടാവുന്നു ധ്യാനശ്രാന്ത പുനർജപേത്ത് ജപദ്ധ്യാന പുനർധ്യേത്ത് ജപധ്യാനാഭിയുക്ത പ്രസീതതി പരശിവ ധ്യാനിക്കുകയും ജപിക്കുകയും സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുകയും ഇങ്ങനെ ഒക്കണ കച്ചിത് കാ മുമാമഹേശവത പാദാരവിന്ദർനൈ കഞ്ചി ധ്യാനസമാർ കിത് കഥായകർണനൈ കഞ്ചിത് കഞ്ചിദവേക്ഷണൈശ് നിിദ്ദാമീദൃശീനോതി മുത റദർപ്പതമന ജീവൻ സ മുക്തഃ കഞ്ചിത്കാലം കുറച്ചു നേരം ഭഗവാന്റെ പാതാര വിന്ദർച്ചനൈ രാവിലെ എണീറ്റു കുളിച്ചു ഭഗവാന് സുപ്രഭാതം പാടി നിർമ്മാല്യം ചെയ്തു അഭിഷേകം ചെയ്തു അർച്ചന ചെയ്തു പലർക്കും ക്രിയാകലാപ ഭക്തി ഭാഗവത സമ്പ്രദായത്തിലുള്ള ഒരു ഭക്തിയാണ് ഇപ്പൊ നമ്മള് ക്ഷേത്രം എന്നുദ്ദേശിക്കുമ്പോ അമ്പലം എന്നുദ്ദേശിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഭക്തിയാണ് അല്ലെങ്കിൽ നേരം വിളിച്ചായാൽ പത്മനാഭസ്വാമിയെ കണ്ടിട്ട് വരികയോ ഇവിടെ നമ്മുടെ കൃഷ്ണനെ പോയി തൊഴുതിട്ട് വരികയോ ഒക്കെ ചെയ്യാന്നുള്ള ഒരു സമ്പ്രദായം ഇതൊക്കെ കുറച്ചു നേരത്തേക്ക് ഭഗവാനെ അർച്ചിക്കുക ആരാധിക്ക പാരായണം ചെയ്യ ജപിക്ക പ്രദക്ഷിണം നമസ്കാരം ഭജന ഇങ്ങനെയൊക്കെ രാത്രി വരെ അല്പം പോലും ഇയാൾക്ക് സമയമില്ല അങ്ങനെ ആരിരിക്കണമോ അയാളെ ആചാര്യസ്വാമികൾ പറയുന്ന മുക്തഹലൂ എന്നാണ് അയാൾ മുക്തനാണ് കാരണം സമയം ഇല്ലായ്മയല്ല കുഴപ്പം സമയം ഉണ്ടാവണമെന്നാണല്ലോ കുഴപ്പം സമയം കയ്യിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കാം നമ്മൾ സമയം കർമ്മത്തിന്റെ ശക്തിയാണ് അതുകൊണ്ട് സമയം ഉണ്ടെങ്കിൽ കർമ്മം ചെയ്യും കർമ്മം ചെയ്താൽ കുടുങ്ങും അതുകൊണ്ട് തന്നെ തപസ്വാധ്യായ നിരതൻ ഇപ്പോ വാൽമീകിയെ കുറിച്ച് രാമായണത്തിൽ പറയുമ്പോ തുടക്കം തന്നെ തപസ്വാധ്യായ നിരതം തപസ്വീവാർ മുനിപുങ്ക രാമായണം തുടങ്ങണത് എങ്ങനെയാ തപസ്വാധ്യായ നിരതം വാൽമീകി തപസ്വാധ്യായ നിരതനായിരുന്നു ഇപ്പൊ സ്വാധ്യായവും തപസ്സും തപസ്സം എന്ന് വെച്ചാൽ അപ്പൊ എന്താ എളുപ്പത്തിലെ ഒരു ഡെഫിനേഷൻ കൊടുത്താൽ നാമജപം തന്നെ തപസ് യജ്ഞ എന്ന് ഭഗവാൻ ഇതിനു മുമ്പിൽ പറഞ്ഞു യജ്ഞത്തിന് ഗീതയിൽ കൊടുക്കുന്ന ഡെഫ ഡെഫിനേഷൻ യജ്ഞാനാം ജപയജ്ഞോസ്മി ഇപ്പൊ ഇവിടെ സ്വാമിജി ഇരുപത്തിനാല് മണിക്കൂറും നാമസങ്കീർത്തനം നടക്കണം എന്നൊന്ന് സങ്കല്പിച്ച് ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ ഹരേ രാമ മഹാമന്ത്രം ഇരുപത്തിനാല് മണിക്കൂറും സങ്കീർത്തനം നടക്കണം ഇതേപോലെ അവരവരുടെ ഗൃഹത്തിലാണെങ്കിലും എന്തെങ്കിലും വിധത്തിലെ നമ്മുടെ ജപം നടന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ എഴുതിക്കൊണ്ടോ ലിഖിതജപമായിട്ടോ പ്രദക്ഷിണ ജപമായിട്ടോ അമ്പലത്തിൽ പോയി പ്രദക്ഷിണം ചെയ്തിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ജപമുണ്ടല്ലോ ആ ജപം തന്നെ തപസ്സാണ് നമ്മളുടെ ദേവന്മാരൊക്കെ അതുകൊണ്ടാണ് ജപമാലയുമായിട്ട് ഇരിക്കുന്നതായിട്ടാണ് എല്ലാ ചിത്രവും എല്ലാരും കയ്യിൽ ജപമാലയാണ് അവർക്കിപ്പോ ജപിച്ചിട്ട് എന്ത് കിട്ടാനാ ഒന്നുമില്ല അവര് ജപമാല പിടിച്ചാലെങ്കിൽ നമ്മൾ ജപമാല പിടിക്കണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവന്നാമത്തിന് ജപം ചെയ്യുക എന്നുള്ളത് യജ്ഞം ജപം എപ്പോഴാ യജ്ഞാവുക എന്ന് വെച്ചാൽ തുടർന്ന് ഇടതടവില്ലാതെ ഫലേച്ഛയില്ലാതെ ഉദ്ദേശമില്ലാതെ ഭഗവതർപ്പണമായിട്ട് അത് തന്നെ അതിന്റെ പ്രയോജനമായിട്ട് അതിൽ നിന്ന് ഏർപ്പെടുന്ന ആനന്ദം തന്നെ അതിന്റെ പ്രയോജനമായിട്ട് ഭഗവാൻ ജപിക്കുമ്പോൾ യജ്ഞായി മറ്റ് കർമ്മയജ്ഞങ്ങളിലൊക്കെ അഗ്നി വേണം ഹോതൃക്കൾ വേണം ബ്രഹ്മാ വേണം അധ്വര് വേണം സാമഗ്രികളൊക്കെ വേണം ചിലപ്പോ ഹിംസ പശുപാലംഭനം മുതലായിട്ടുള്ള ഹിംസകളൊക്കെ അതിലുണ്ടാവും ഇതിൽ യാതൊരു ദൂഷ്യയില്ല ഇങ്ങനത്തെ ഒരു ഹിംസ ഇല്ല അനുസ്യൂതം ജപം ചെയ്യുക എന്നുള്ളത് ഒരു തപസ് ജപം തന്നെ സ്വാധ്യായം എന്ന് പറയേണ്ട തജ്ജപസ് ഭാവനം ഭഗവന്നാമത്തിനെയോ മന്ത്രത്തിനെയോ ജപിച്ചുകൊണ്ട് ഭഗവത് രൂപത്തിനെ ധ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പ്രത്യേകിച്ച് ഒരു പുസ്തകം എടുത്ത് പഠിക്കണമെന്നില്ല അപ്പോ ജപമും യജ്ഞം ഒന്ന് തന്നെ അത് തന്നെ സ്വാധ്യായവും സ്വാധ്യായ തപ തപഹ തപസ്സിനും ഒരു കാര്യമുണ്ട് ഹിരണ്യകശു ഹിരണ്യാക്ഷനും ഒക്കെ തപസ് ചെയ്തു രാവണൻ തപസ് ചെയ്തു കുംഭകർണൻ തപസ് ചെയ്തു പക്ഷെ ആ തപസ് ആസുരമായ തപസ്സാണ് എന്നുവെച്ചാൽ അതിലെ ഉദ്ദേശമുണ്ട് തനിക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള തപസ്സാണ് എവിടെയൊക്കെ തന്നെ തനിക്ക് നേടിയെടുക്കാനുള്ള സ്വാർത്ഥത മൂവ്മെന്റ് ഓഫ് ഈഗോ ഉണ്ടോ അവിടെ നമ്മളുടെ കർമ്മമൊക്കെ അസുരമാണ് അസുരൻ ഉള്ളിലിരുന്ന് കർമ്മഫലത്തിനെ തിന്നുകളും അപ്പോ അത്തരത്തിലുള്ള യാതൊരു ഉദ്ദേശം തപസ് പരിശുദ്ധമാകും അതുകൊണ്ടാണ് സ്വാധ്യായ തപഃ എന്ന് പറഞ്ഞ അടുത്ത വാക്ക് ആർജവം എന്ന് പറഞ്ഞ രുചുബുദ്ധിത്വം എന്നുവെച്ചാൽ സ്ട്രേറ്റ് ഫോർവേഡാണ് അയാളുടെ ശരീരം വാക്ക് മനസ്സ് ത്രികരണങ്ങളും ഒരേപോലെയാണ് ഒരു ആശയവും എടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ശരീരവും മനസ്സും ഒക്കെ പ്രവർത്തിക്കും അതിനു പേരാണ് ആർജവം കുടിലത ഇല്ലായ്മ എന്നർത്ഥം പരവഞ്ചന ഇല്ലായ്മ എന്നർത്ഥം ഈ ആർജവത്തിന് വളരെയധികം പവറുണ്ട് ഈ ആർജവം ഒരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നാമത് അയാളെ ബാക്കിയുള്ളവർക്ക് വിശ്വസിക്കാം രണ്ടാമത് ശത്രുക്കൾക്ക് പോലും അയാളോട് ഒരു അപ്രദൃ ഒരു അദൃശ്യത ഉണ്ടാവും ഗാന്ധിജിയുടെ മെയിൻ പവറില് ഒന്ന് അതാണ് ആർജവം ബ്രിട്ടീഷ് സാമ്രാജ്യം ഇളകാൻ ഒരു കാരണം ഗാന്ധിയുടെ ആർജവമാണ് ഗാന്ധി ജയിലിലിരിക്കുമ്പോ ഒരു സമയത്ത് സാധാരണ ജയിലിൽ പത്രം കൊണ്ടു കൊടുത്താൽ വായിക്കാം പക്ഷേ ഒരു പ്രത്യേക നിയമത്തിന് ജയിലിലിട്ടപ്പോ പത്രം വായന നിരോധിക്കപ്പെട്ടിരുന്നു ജയിലിനകത്ത് പത്രം വായിക്കരുത് നിയമം ഗാന്ധിക്ക് പ്രശ്നമൊന്നുമില്ല ഗാന്ധിജി ജയിലില് സ്വസ്ഥമായി പത്രം വായിനൊന്നുമില്ല സ്ഥിതപ്രജ്ഞസ കാഭാഷ അദ്ദേഹം ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ നടുവിൽ അല്പം പോലും വിക്ഷുബ്ധനാകാതിരുന്നുണ്ട് അതിന്റെ സീക്രറ്റ് എന്താന്ന് വെച്ചാൽ ഗാന്ധി തന്നെ പറയണ്ട് മറ്റുള്ളവർ വിക്ഷുബ്ധമാവാനും ഗാന്ധി വിക്ഷുബ്ധമാവാതിരിക്കാനും കാരണം ഗാന്ധിജി പറയണത് എനിക്ക് സ്വാതന്ത്ര്യം ഇന്ത്യയ്ക്ക് കിട്ടുവോ കിട്ടില്ലയോ എന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല സ്വാതന്ത്ര്യ ഒരു മുഖ്യമായ വ്യക്തിയാണ് താനെന്ന് ഞാൻ ധരിച്ചിട്ടുമില്ല പിന്നെ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ പ്രകൃതി ഈ സ്രോതസ്സിന്റെ ഉള്ളിക്കൊണ്ട് ഇട്ടു രണ്ട് ഇത് എന്റെ സ്വധർമ്മമാണ് ഇത് ചെയ്താലേ എനിക്ക് ചിത്തശുദ്ധിയുണ്ടായി ആത്മസാക്ഷാത്കാരം ഉണ്ടാവുള്ളൂ സോ ദ എൻറ്റയർ ഫ്രീഡം മൂവ്മെന്റ് ഈസ് ഓൺലി എ പാത്ത് ഫോർ മീ ടു റിയലൈസ് സെൽഫ് ഗാന്ധിജിയുടെ വാക്കാണ് ഈ സ്വാതന്ത്ര്യ സമരം മുഴുവൻ എനിക്ക് ആത്മസാക്ഷാത്കാരം ഉണ്ടാവാനുള്ള ഒരു വഴി മാത്രമാണെന്നാണ് അല്ലാതെ ബാഹ്യമായിട്ടുള്ളത് തന്റെ കയ്യിലില്ല സ്വാതന്ത്ര്യം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ളതൊന്നും തന്റെ കയ്യിലില്ല നമ്മളുടെ സ്വധർമ്മം ഏത് ഫീൽഡാണെങ്കിലും അതിൽ നമ്മളുടെ ലക്ഷ്യം ചിത്തശുദ്ധിയും ഭഗവത് സാക്ഷാത്കാരമാണെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലത്തിൽ നമുക്ക് സ്വാർത്ഥത ഉണ്ടാവില്ല ഗാന്ധിജി ജയിലിൽ കിടക്കുമ്പോ പത്രം വായിക്കരുത് നിയമം അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല ശാന്തമായിട്ടിരുന്നു പുറത്ത് എന്ത് നടക്കണോ ആരോടും അന്വേഷിച്ചില്ല ജയിൽ വാർഡനൊക്കെ തന്നെ വളരെ ആശ്ചര്യപ്പെട്ടു എന്താന്ന് വെച്ചാൽ ജയിൽ വാർഡന് പോലും അല്പം ഗാന്ധിജിയോടൊരു സ്നേഹം ഉണ്ടായി ചില വാർത്തകളൊക്കെ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് താനായിട്ട് നേരിട്ട് പറയാൻ പാടില്ലല്ലോ അതിന് മുമ്പ് കൂടെ അങ്ങനെ ഇങ്ങോട്ട് നടന്നാലെങ്കിലും ഗാന്ധിജി വിളിച്ച് ചോദിച്ച് പുറത്ത് എന്ത് നടക്കണോന്ന് ചോദിക്കുവോ എന്ന് ധരിച്ച് ജയിൽ വാതിലിന് മുമ്പിൽ നടക്കും വിളിച്ച് ചോദിക്കില്ല ശരി ഗാന്ധിജിയെ കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞ് പറയിപ്പിക്കാമെന്ന് വെച്ചാൽ ഈ കാര്യം മാത്രം അന്വേഷിക്കുകയില്ല ജയിൽ വാർഡന്റെ കുടുംബത്തിലെ കാര്യങ്ങള് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ അതിനുള്ള പരിഹാരം അതിനെങ്ങനെ ഇരിക്കണം ആരോഗ്യത്തിന് എന്തൊക്കെ ഭക്ഷണം കഴിക്കണം ഈ കാര്യമൊക്കെ പറഞ്ഞുകൊടുത്ത് പുറത്ത് എന്ത് നടക്കണു വളരെ മുഖ്യമായ ചില ഇൻസിഡൻസ് പുറത്ത് നടക്കാണ് അതിനെക്കുറിച്ച് അന്വേഷണമില്ല അവസാനം പുറത്തുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ സേനാനികളായിട്ടുള്ളവരെ ഗാന്ധിജിയെ അപ്പോ ടെസ്റ്റ് ചെക്ക് ചെയ്യാൻ വരുന്ന ഡോക്ടർ ഡയഗ്നസിന് വരുന്ന ഡോക്ടർ ഡോക്ടറുടെ കയ്യിൽ ഒരു പത്രം ചുരുട്ടിക്കൊടുത്തു പ്രധാനമായ കാര്യങ്ങൾ നടന്ന ന്യൂസ് ഗാന്ധിയുടെ മുമ്പിൽ എത്തിക്കാനായി ഒരു പത്രം ചുരുട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു അങ്ങ് അറിയാത്ത പോലെ ജയിലിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഗാന്ധിയുടെ കട്ടിലിട്ടിട്ട് വന്നാൽ മതി എന്നോ അദ്ദേഹം നോക്കിക്കൊള്ളും ഡോക്ടർ ഡയഗ്നസിന് വന്നിട്ട് ആ ന്യൂസ് പേപ്പർ ചുരുട്ടി കെട്ടി വെച്ചിട്ട് ഗാന്ധിജിയുടെ സോഫയില് ആ ജയിലിന്റെ ഉള്ളിലുള്ള കട്ടില് അദ്ദേഹം കിടക്കാനുള്ള തെട്ടില് ഇട്ടിട്ട് വന്നു അടുത്ത ദിവസം ഡോക്ടർ പോകുമ്പോ എന്താ ഗാന്ധിജിയുടെ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടർ അടുത്ത ദിവസവും പോയി ഡയഗ്നോസിന് പോകുമ്പോ ഡോക്ടർ കണ്ടത് ആ പത്രം ആ ഇട്ടത്തിട്ടില് അതേപടി കിടക്കണ്ട് ഗാന്ധിജി പറഞ്ഞു ഇന്നലെ നിങ്ങൾ ഈ പത്രം മറന്നിട്ട് പോയി അത് ഈ കട്ടിലിട്ടതുകൊണ്ട് ഞാൻ ഇന്നലെ ആ കട്ടിലിൽ കിടന്നില്ലേ ആ ചുവട്ടിലാണ് കിടന്നത് നോക്കണം ആ പത്രം എടുത്ത് നോക്കിയത് കൊണ്ട് ആരും ഒന്നും കണക്കാക്കാൻ പോലെ പക്ഷേ തനിക്ക് ബ്രിട്ടീഷുകാരെ ബോധിപ്പിക്കാനോ ജയിൽ നിയമത്തിനെ ബോധിപ്പിക്കാനല്ലോ അല്ല തന്റെ ഉള്ളിലുള്ള കോൺഷ്യൻസിനെ മനസാക്ഷിയെ ബോധിപ്പിക്കാനാണ് അവിടെയാണ് ആർജവം ആ ആർജവം വെളിയിലുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കാനല്ല ുള്ളിലാണ് ഋജുബുദ്ധിത് ആർജവം സ്വാധ്യായ തപഹ ആർജവം ഇതൊക്കെ ഉള്ളില് ഒരു തപസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ശക്തി ഊർജം എന്നൊരർത്ഥം താപം ചൂട് എന്നൊരർത്ഥം ഈ ചൂട് ഈ എനർജി ഈ ശക്തി ഈ ശക്തി വളരണത് തന്നെ എനിക്ക് എന്നോടുള്ള ആരാധനയിലൂടെയാണ് എന്റെ ഉള്ളിലുള്ള ആരാധനയിലൂടെയാണ് സ്വാധ്യായ തപഹ ആർജവം അടുത്തത് അഹിംസ പൊതുവെ അഹിംസ പതഞ്ജലി യോഗസൂത്രത്തില് പറയണത് അസൂയാതിരാഹിത്യം എന്നാണ് വൃത്തികാരൻ ഹിംസിക്കാന്ന് വെച്ചാൽ ഒരാളെ തല്ലയും കുത്തയും ഒക്കെ ചെയ്താൽ മാത്രമാണ് ഹിംസെന്നർത്ഥമല്ല മറ്റുള്ളവനെ കണ്ട് അയാൾക്ക് ധാരാളം പണം കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ നല്ലൊരു വീട് വെച്ചു അത് കണ്ടുകൊണ്ട് ഉള്ളിലും ഇങ്ങനെ കത്തങ്ങളേ ഒരു എരിച്ചൽ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഹിംസിച്ചു കഴിഞ്ഞു എന്നർത്ഥം നമ്മൾ ഫസ്റ്റ് നമ്മളെ ഹിംസിച്ചു പിന്നെ അയാളെ ഹിംസിച്ചത് സൈക്കിക് ഫോഴ്സ് കൊണ്ട് തന്നെ ഹിംസിക്കാം എല്ലാരോടും പ്രേമം പ്രിയം സമദർശിത്വം ഉണ്ടെങ്കിൽ അപ്പോഴേ അഹിംസ വരുള്ളൂ ഒരു പ്രാണിയെയും ഹിംസിയാത്ത് മാഹിംസിയാത് സർവാഭൂതാനി വ്യാസഭഗവാൻ ധർമ്മത്തിന്റെ രഹസ്യ ഉൾക്കാമ്പായിട്ട് തന്നെ പറഞ്ഞത് ഹിംസയില്ലാതിരിക്കുക എന്നാണ് പരസ്പരം ഹിംസിക്കാതെ സമാധാനത്തോടെ ഇരിക്ക എം എസ് ബലക്ഷ്മി യു എൻഒയില് പാടാനായിട്ട് വിളിച്ചു അവിടെ യു പോയി പാടാൻ പോകുമ്പോ കാഞ്ചി പരമാചാര്യരുടെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ലോകത്തിന് ഒരു മെസ്സേജ് എഴുതി തരണം അപ്പൊ അദ്ദേഹം എഴുതി കൊടുത്ത പ്രസിദ്ധമായ പാട്ടാണ് മൈത്രിയും ഭജത് അഖിലഹൃത്രി എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് എല്ലാരോടും മൈത്രിഭാവം ഉണ്ടാവട്ടെ ജനകോ ദേവഹാ സർവദയാളുഹും ജനനി പൃഥിവി കാമദുഹാതെ ഭൂമി നിനക്ക് വേണ്ടതൊക്കെ അമ്മയായിട്ടെല്ലാം തരുണ്ട് ഈശ്വരൻ എല്ലാം എന്തിനാ മറ്റുള്ളവരുടെ പോയി അപഹരിക്കുന്നത് അതുകൊണ്ട് ശ്രേയോഭൂയാ സകല ജനാനാം എന്ന് അവസാനിക്കും ആ പാട്ട് അതിന്റെ മെസ്സേജ് തന്നെ അഹിംസയാണ് പരസ്പരം യുദ്ധവും ശണ്ടയും രാജ്യങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ഇതിനൊക്കെ മൂലകാരണം എന്താ വ്യക്തികളാണ് നമ്മള് സമൂഹത്തിനെ റീഫോം ചെയ്യാനാണ് നിൽക്കണത് സമൂഹം എന്നൊരു സാധനേ ഇല്ല ഉള്ളൂ ഞാൻ എന്റെ കാര്യം നോക്കി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി പരസ്പരം ശാന്തമായാൽ ലോക ശാന്താവും അല്ലാതെ ലോകം എന്ന് പറയുന്ന ഒരു സാധനത്തിനെ ശാന്താക്കാൻ പുറപ്പെട്ടാൽ എങ്ങനെ ശാന്താവും വെളുപ്പിച്ച് വെളുപ്പിച്ച് വെളുപ്പിച്ച് എത്തിച്ച സ്ഥിതിയാണിപ്പോ നമ്മള് നമ്മളുടെ ഉള്ളില് ശാന്തി വരിക അതിന് തന്നെ നമുക്ക് ഒരുപാട് ജാഗ്രത വേണം ആ ജാഗ്രതയോടെ കൂടെ ഇരിക്കുക അഹിംസ ആരെയും വെറുക്കാതെ ദ്വേഷിക്കാതെ ഹിംസിക്കാതെ ഉപദ്രവിക്കാതെ ഇരിക്കുന്നതാണ് അഹിംസ അഹിംസ സത്യം അഹിംസ പ്രാണിനാം പീഡാവർജനം സത്യം അപ്രിയത അനർത്ത വർജിതം യഥാഭൂതാർത്ഥ വചനം അപ്രിയമായിട്ടുള്ളത് പറയാൻ പാടില്ല കള്ളവും പറയാൻ പാടില്ല എന്നാണ് പക്ഷെ അത് വളരെ വിഷമാണ് വാത്മീക് രാമായണത്തിലെ അപ്രിയം എന്ന് വെച്ചാൽ ഇവിടെ അഹിതം എന്നാണ് അർത്ഥം ഹിതമല്ലാത്തത് അല്ലാതെ ഒരാൾ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞിട്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുമ്പോ രാജാവ് വികൃതനാണ് പക്ഷെ ഈ സ്തുതിക്കുന്ന ആൾക്ക് നല്ല പണം കിട്ടും അതുകൊണ്ട് രാജാവിനെ കണ്ടു പറഞ്ഞു മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം രാജാ രാജാവേ നിങ്ങളുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു രാജാവിന് വലിയ സന്തോഷമായി കഴുത്ത് കിടക്കുന്ന മാല കൊടുത്തു ഇത് പറഞ്ഞത് കള്ളാണ് അപ്പൊ സത്യം എന്ന് വെച്ചാൽ യഥാഭൂതാർത്ഥവചങ്ങം എന്ന് പറഞ്ഞു സത്യം ബ്രൂയാത് വാൽമീകി രാമായണത്തിൽ വിഭീഷണൻ രാവണന്റെ അടുത്ത് പറയണു സീതയെ തിരിച്ചു കൊണ്ട് കൊടുക്കൂ രാമന് ശരണാഗതി ചെയ്യൂ യുദ്ധം ചെയ്ത് രാമനോട് ജയിക്കാൻ പറ്റില്ല രാമൻ സാക്ഷാത് വിഷ്ണുവാണ് എന്നൊക്കെ പറഞ്ഞു രാവണൻ പറഞ്ഞു ഈ ബന്ധുക്കളെ ഒരു ഓഫീസിലും വീർത്താൻ പാടില്ല എന്നെ നിന്റെ കൂടെ ഇരുത്തിയത് തന്നെ വലിയ തെറ്റാണ് വിദ്യത്തെ ജ്ഞാതിത്തോ ഭയം രാവണന്റെ ഉപദേശമാണ് നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ ഒരിക്കലും ബന്ധുക്കളെ അതിൽ ചേർക്കരുത് എന്നാണ് എന്നുവെച്ചാൽ അവരാണ് ആദ്യം പറ്റിക്കുക അവര് ജോലി അതുകൊണ്ട് ജ്ഞാതികളെ കൂടെ ഇരുത്തരുത് എന്നാണ് രാവണന്റെ ഉപദേശം വിഭീഷണനെ നോക്കി അത് പറയുമ്പോൾ വിഭീഷണൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും നിനക്ക് പറഞ്ഞുതരേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ പ്രിയമായിട്ടുള്ളതും ഹിതമായിട്ടുള്ളതും തഥ്യമായിട്ടുള്ളതുമായ വാക്കുകൾ കേൾക്കുന്ന ആളുകളും കുറവാണ് പറയണ ആളുകളും കുറവാണ് ഭക്ത ശ്രോതാച്ച ദുർലഭ ഒരാൾക്ക് പത്യം നല്ലതായിട്ടുള്ള വാക്ക് അയാൾക്ക് ഹിതമായിട്ടുള്ളത് ചിലപ്പോൾ പറഞ്ഞാൽ പിടിക്കില്ല വെറുതെ പുകഴ്ത്തിയാ വേണമെങ്കിൽ പിടിക്കും സ്തുതിച്ചാൽ പിടിക്കും ഇഷ്ടാവും ഹിതമാണ് ചിലപ്പോ ഇഷ്ടമല്ല പറഞ്ഞാൽ ഇഷ്ട പിടിക്കില്ല അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ പറയേണ്ടത് ഉണ്മ മാത്രം മാത്രം പറയണം അനാവശ്യമായിട്ട് പറയാൻ പോണ്ട സത്യം പാലിക്കണം എന്നുണ്ടെങ്കിൽ മൗനം പാലിക്കേണ്ടി വരും പക്ഷെ സത്യം തമാശ പറയണതിലും ശുക്രാചാര്യ ഭാഗവതത്തില് പറഞ്ഞു സ്ത്രീഷു നർമ്മവിവാഹേച് എവിടെയൊക്കെ കള്ളം പറയാം ചോദിച്ചാൽ ശുക്രനീതിയാണ് ശുക്രാചാര്യരുടെ നീതി എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ അടുത്ത് നടന്ന കാര്യം പറയാനേ പഠി യാത്ര ശുക്രാചാര്യരുടെ നീതിയാണ് സ്ത്രീകളുടെ അടുത്ത് എന്നുവെച്ചാൽ അതും പറയേണ്ട ആരുടെടുത്തും പറയരുതെന്ന് പറഞ്ഞാൽ നാട് മുഴുവൻ പറക്കുന്നതാണ് അദ്ദേഹം പറയണം സ്ത്രീഷു അതുപോലെ നർമ്മ തമാശ ഇപ്പൊ നമ്മൾ ഓരോ തമാശയൊക്കെ പറയണ്ടല്ലോ ഈ തമാശയൊക്കെ അതേപോലെ നടന്നതാണോ ഇപ്പൊ ഓരോ ജോക്കൊക്കെ പറയണു ആ തമാശയൊക്കെ അതേപോലെ സംഭവിച്ചതാണോ അല്ല പിന്നെന്താ അതിലുദ്ദേശം നിങ്ങൾ ഒന്നിച്ചിരിക്കണം എന്നേ ഉദ്ദേശൂ അതുകൊണ്ട് അതിലും ഇയാളിപ്പോ സത്യമാണോ പറയാം ഒന്ന് സത്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി തമാശയെ പറയില്ല ഒരു തമാശയും പറയില്ല ഒന്ന് അങ്ങനെ വെക്കേണ്ട നർമ്മത്തിലാവാം എന്നാണ് പിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വിവാഹം കഴിക്കാൻ പെൺകുട്ടി പാടുമോ വെച്ചാൽ നല്ലവണ്ണം പാട വലിയ ഭാഗവതരെടുത്താണ് പാട്ട് പഠിച്ചിരിക്കണത് ഒന്നോ ഒന്ന് പാടാൻ പറയൂ ഇപ്പൊ പാടാൻ പോയി ഇപ്പൊ തൊണ്ട ജലദോഷം പിടിച്ചിരിക്കുകയാണെന്ന് കല്യാണം കഴിഞ്ഞിട്ട് പാടിക്കൊള്ളുന്നു പിന്നെ നോക്കാലോ സ്ത്രീഷു നർമ്മ വിവാഹിച്ച് ജോലിക്ക് പണിയെടുക്കാനായിട്ട് എന്നെ പോലെ ഒരാളാണോ ജോലിക്ക് പോണതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ അറിയുവോ നല്ലവണ്ണം അറിയാം വിശ്വസിച്ച് ജോലി കൊടുത്തു അടുത്ത ദിവസം നോക്കൂ ഒന്നും പിടിയില്ല സ്വിച്ച് എവിടെയാ ഓൺ ചെയ്യേണ്ടത് ഓഫ് ചെയ്യേണ്ടതെന്ന് മുതൽ കൊണ്ട് അറിയില്ല ഇയാളോട് ചോദിച്ചു വിടൂ താനല്ലേ കമ്പ്യൂട്ടർ അറിയെന്ന് പറഞ്ഞത് അതെ കമ്പ്യൂട്ടർ കണ്ടാ അറിയുന്നു ഇനിയിപ്പൊ പഠിക്കാലോ എന്നാണ് ഇനിയിപ്പൊ ജോലി കയറ്റപ്പോഴപ്പോ പഠിക്കാലോ വൃത്തിയർത്തേ അതുപോലെ പ്രാണസങ്കടെ ജീവിക്കാനൊരു വകയില്ല അല്ലെങ്കിൽ ഇപ്പൊ ജീവനാപത്ത് വരെങ്കിൽ ഒരു കള്ളം തട്ടിവിടാ വൃത്തിയർഥേ പ്രാണസങ്കടേ ഗോബ്രാഹ്മണ ഹിതാർത്ഥേ നോക്കണം ചിലപ്പോ കള്ളം സത്യമായിട്ട് മാറും ഇപ്പോ ഋഷികൾ പറയണ പലതും ഋഷികളുടെ സത്യത്തിന്റെ നിർവചനം കുറച്ച് വ്യത്യാസ ഇപ്പോ റോട്ടിൽ ഞാൻ വരുമ്പോ രണ്ടുപേര് തമ്മിൽ തല്ലുകൂടുന്നു പലവിധ വൃത്തികേടുകൾ വിളിച്ചു പറയണം ഇതൊക്കെ ഞാൻ വഴിയിൽ കണ്ടതാണ് ആ വഴിയിൽ കണ്ട കാര്യം സത്യം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് അതേപടി നിങ്ങളുടെ മുമ്പിൽ വന്ന് ഞാൻ പറയുകയാണ് അവരെന്തൊക്കെ പറഞ്ഞുവെന്നും പരസ്പരം ശണ്ട കൂടിയതും നിങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യമാണ് പക്ഷേ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താ നിങ്ങളുടെ ഉള്ളിലും ദ്വേഷം ഉണ്ടായി മനസ്സിലും അസര്യുണ്ടായി അശാന്തി ഉണ്ടായി അസമാധാനം ഉണ്ടായി അല്ലേ അതുകൊണ്ട് അത്തരത്തിലെ സന്ദർഭത്തിൽ മിണ്ടാതിരിക്കാം അങ്ങനെയൊക്കെ നടന്നത് കണ്ടാലും ഒന്നും മിണ്ട ഒന്നും പറയണ്ട രണ്ട് ഞാൻ ചിലപ്പോ ഭാവനയിൽ നിന്ന് ചില കാര്യങ്ങൾ പറയും വഴിയിൽ കണ്ടിട്ടൊന്നുമില്ല ആ സമയത്തുള്ള ഭാവന ഭാവനയും പലപ്പോഴും സത്യമാണ് ഭാവനാഹാ അവിതഥാഹാ ഭവന് എന്ന് ഋഷികളുടെ ഭാവനയുമൊക്കെ അവിതഥം എന്നാണ് പറയുന്നത് അതായത് സത്യഭാവന എന്നാണ് എന്നുവെച്ചാൽ ഭാവനയിൽ നിന്നും ചില കഥകളോ ഇപ്പൊ നമ്മുടെ പുരാണത്തിൽ മഹാഭാരതത്തിൽ അനേകം കഥകൾ എല്ലാ കഥകളും വ്യാസം അതേപടി മുമ്പിൽ കണ്ടതൊന്നുമല്ല എഴുതുന്നത് ചില കഥകൾ ഭാഗവിതത്തിൽ ഒരുപോലെ ഉണ്ടാവും ഭാരതത്തിൽ വേറെ വിധത്തിലുണ്ടാവും ദേവി ഭാഗവിതത്തിൽ മറ്റൊരു വിധത്തിലുണ്ടാവും റിസർച്ച് ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇതിൽ ഏതാ എടുക്കേണ്ടത് സംശയം വരും ഇത്തരം സന്ദർഭത്തിൽ ഋഷികൾക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഈ കാര്യം പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ശാന്തിയും പ്രിയമും ത്യാഗമും തപസ്സിലും ഒരു രുചിയും അല്ലെങ്കിൽ ഭഗവതാരാധനയിൽ ഒരു രുചി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയണ വാക്ക് സത്യമാണ് ഭാവനയിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ സത്യമാണ് കാരണം അതിൻ്റെ ഇഫക്റ്റ് സത്യമാണ് ഭാഗവതമൊക്കെ ഹിരീ പ്രഹ്ലാദ ചരിത്രമൊക്കെ ഇപ്പൊ പറയുമ്പോ നിങ്ങൾ കേൾക്കുന്ന ആൾക്ക് ഇപ്പോ ഭക്തിയും ആനന്ദം ഉണ്ടാവുണ്ടല്ലോ ഇതൊക്കെ നടന്നതാണോ എന്നാണ് ആളുകൾ ചോദിക്കുക ഭാഗവതം കഥ പറയുമ്പോ ഇതൊക്കെ ഇപ്പൊ നടന്നതാണോ കൃഷ്ണ കഥയൊക്കെ നടന്നതാണോ നടന്നതല്ല നടക്കുന്നതാണ് ഇപ്പൊ ശോഭായാത്ര നടക്കുമ്പോ കുറെ ആളുകൾക്കെങ്കിലും കൃഷ്ണൻ എന്നുള്ള ഭാവമുണ്ട് ഭഗവാൻ ജനിച്ച ദിവസമാണ് കൃഷ്ണൻ ജനിച്ച ദിവസമാണ് അപ്പോ എപ്പോഴോ നടന്നതല്ല ഇപ്പോ അത് നമ്മളുടെ ഭാവനാമണ്ഡലത്തില് നടക്കുകയാണ് അതിന്റെ ഇഫക്റ്റ് ആയിട്ടുള്ള ത്യാഗം ശാന്തി ആനന്ദം പ്രിയം ഭക്തി ഇതൊക്കെ ഉള്ളിൽ ഉണ്ടാവുകയാണെങ്കിൽ ആ വാക്ക് സത്യമാണ് അത് എത്ര കണ്ട് ആത്മാവിനോട് അടുപ്പിക്കുന്ന വാക്കുകളൊക്കെ സത്യവും ത്മാവിൽ നിന്നും അകറ്റുന്ന വാക്കുകളൊക്കെ മിഥ്യയുമാണ് ഇതാണ് ഡെഫനിഷൻ നടന്ന കാര്യമാണെങ്കിലും വെറുപ്പും വിദ്വേഷവും കാമവും ക്രോധവും ഒക്കെ ഉണ്ടാക്കുന്നത് നടന്ന കാര്യമാണെങ്കിലും അത് നമ്മളെ ഈശ്വരനിൽ നിന്ന് ആത്മാവിൽ നിന്ന് അകറ്റുന്നത് മിഥ്യയാണ് നടക്കാത്തതാണെങ്കിലും ത്യാഗവും ഭക്തിയും പ്രേമവും ഉണ്ടാക്കുന്ന എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സത്യമാണ് അപ്പൊ ഇതാണ് സത്യത്തിന്റെ നിർവചനം വാക്ക് വാക്ക് രൂപത്തിന് അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യത്ത് സ്വാധ്യായോ അഭ്യസനം ചെയ്യുവ വാങ്മയം തപ ഉച്ച ഇനി ഭഗവാൻ പറയാൻ പോവാണ് ഒരു വാക്ക് പറയുമ്പോ ആ വാക്ക് കേൾക്കുന്നവന്റെ ഉള്ളില് കാമോ ക്രോധമോ ലോപമോ മോഹമോ മതമോ മാത്സര്യമോ ഉണ്ടാവുകയാണെങ്കിൽ ശബ്ദത്തില് ഹീലിംഗ് പവർ ഉണ്ടാവണം എന്നാണ് ആർക്കൊക്കെയാന്ന് വെച്ചാൽ ആചാര്യന് ഗുരുവിന് ഭാര്യയ്ക്ക് അമ്മയ്ക്ക് വൈദ്യന് ഇത്രയും പേർക്ക് വാക്കില് സമാശ്വസന ശക്തി ഉണ്ടാവണം എന്നാണ് ശിഷ്യനെ ബോധിപ്പിക്കുമ്പോ ആ വാക്ക് കേൾക്കുന്ന ശിഷ്യന് ഡിസ്റ്റർബൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചാൽ അയാൾക്ക് രാഗദ്വേഷമോ കാമക്രോധാദികളോ അയാളുടെ ഉള്ളില് ഉണ്ടാവാൻ പാടില്ല തത്വോപദേശം ചെയ്യുന്ന ഗുരുവിന്റെ വാക്ക് ശിഷ്യന്റെ ഉള്ളില് ശാന്തിയും ആനന്ദം ഉണ്ടാക്കണം ജോലി കഴിഞ്ഞ് വിഷമിച്ചു വരുന്ന ഭർത്താവ് ഭാര്യയുടെ അടുത്ത് വരുമ്പോ ഭാര്യ രണ്ടു വാക്കു പറയുമ്പോ ഭർത്താവിന് മനസ്സിനുള്ള സമാധാനം ഉണ്ടാവണം ഓഫീസിൽ ടെൻഷനോടെയാണ് വീട്ടിൽ വരുന്നത് വീട്ടിൽ വരുമ്പോ ഭാര്യ വായി നിറച്ച് രണ്ട് കൊഴുക്കട്ടയും തിരികെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് രണ്ട് വാക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് ആകപ്പാട് ഡിസ്റ്റർബാവുകയാണെങ്കിൽ ആ ശബ്ദം ശാന്തി കൊടുക്കുന്നതായിരിക്കണം എന്നാണ് അതുപോലെ വൈദ്യൻ ഡോക്ടർ ഡോക്ടർക്ക് ഹീലിംഗ് പവർ മരുന്നു കൊണ്ട് മാത്രം പോരാ പേടിക്കണ്ടട്ടോ സൂക്കേട് മാറും നിനക്കൊന്നും വയ്പ സൂക്കടൊന്നും ഇല്ല എന്ന് പറയണം ഡോക്ടർ ഇപ്പൊ നമ്മള് ആദ്യം തന്നെ സൂക്കട് എന്താണ് അത് ഉണ്ട് എന്ന് രോഗിയെ ബോധിപ്പിക്കുന്നതാണ് നമുക്ക് മുഖ്യ ഉദ്ദേശം വൈദ്യന്റെ ലക്ഷണം പറയണത് ശരിക്കും ഒരു ഗുരു ബ്രഹ്മവിദ്യ ഉപദേശിക്കണ പോലെ തന്നെ അജ്ഞാനമില്ല നിനക്കൊരു കുഴപ്പവും ഇല്ല നീ പൂർണ്ണ വസ്തുവാണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ മരുന്നൊക്കെ ഒരു കൊടുക്കാം പക്ഷെ ആദ്യം തന്നെ ഡോക്ടർ മുഖം വീർപ്പിച്ച് രോഗിയെ ഭയപ്പെടുത്തരുത് രോഗമുണ്ട് എന്ന് പറയരുത് എന്നാണ് രോഗമില്ല എന്നും കാരണം രോഗമില്ല എന്നുള്ളതാണ് സത്യം രോഗമുണ്ട് എന്നുള്ളത് ഫിസിക്കലി ഒരു ഫാക്ടായിരിക്കാം ട്രൂത്ത് അല്ല ഫാക്റ്റാണ് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ രണ്ട് വാക്ക് പറയാം ഫാക്ടും ട്രൂത്തും വിശക്കണുണ്ട് എന്നുള്ളത് ഫാക്ടാണ് ട്രൂത്ത് അല്ല ശരീരത്തിന് വേദനയുണ്ട് അത് ഫാക്ടാണ് ട്രൂത്ത് അല്ല ട്രൂത്ത് എന്ന് പറയണത് ആത്മാവിന്റെ സ്വരൂപത്തിന് പേരാണ് സത്യം എന്ന് വെച്ചാൽ ആത്മാവാണ് മിഥ്യ എന്ന് പറഞ്ഞാൽ ഫാക്റ്റാവാം അസത്യമല്ല ഫാക്റ്റാവാം കാണപ്പെടും ഉണ്ടാവും മുമ്പിൽ അറിയപ്പെടും പക്ഷെ ഉണ്മയിൽ അതില്ലാത്തതാണ് അപ്പോ ഹിതം കൊടുക്കണത് ശാന്തി കൊടുക്കണത് ആനന്ദം കൊടുക്കണ വാക്ക് സത്യമാണ് അപ്പൊ സത്യത്തിന്റെ ഡെഫനേഷൻ അത്രയത്ര സങ്കീർണമായിട്ട് പോവും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ എല്ലാം വളരെ എളുപ്പമാണ് ഡെഫനേഷൻ കൊടുക്കാൻ നമുക്ക് ഭഗവത് സാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടുവോ എന്തും എടുക്കാമെന്നാണ് ഭഗവത് സാക്ഷാത്കാരത്തിന് ഉപയോഗപ്പെടില്ലയോ എന്തും തള്ളിക്കളയാം ധർമ്മപുത്രർക്ക് സത്യം ധർമ്മം ഒക്കെ പിടിച്ചു പക്ഷെ ഭഗവാനെ വിട്ടുകളഞ്ഞു അതാണ് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത് ഭഗവാന്റെ അടുത്ത് ജനമേചയൻ ചോദിച്ചു ധർമ്മപുത്ര എന്റെ മുത്തശ്ശൻ പകട കളിക്കുമ്പോ കൃഷ്ണ നിനക്കൊന്ന് സഹായിച്ചുണ്ടായിരുന്നോ തോറ്റുതുന്നം പാടി രാജ്യമൊക്കെ നഷ്ടപ്പെടുത്തി കാട്ടില് പോയി എവിടെയോ വിഷമിച്ച് കരയുമ്പോ തിരിച്ചീര കഴിച്ചിട്ട് അഗസ്ത്യന്റെ വേറെ നിറച്ചു യുദ്ധം ചെയ്യാൻ വന്നപ്പോ യുദ്ധം തടസ്സമൊന്നും ചെയ്തില്ല തേരൂട്ടിയായിട്ട് വന്നിരുന്നു കാര്യമായിട്ടപ്പോ നീ ഒന്നും ചെയ്തില്ല പകിട കളിക്കുമ്പോ എന്റെ മുത്തശ്ശനൊന്ന് സഹായിച്ചൂടായിരുന്നു ആ പകിട ഇത്രയും കുഴപ്പമുണ്ടാക്കിയത് ആ ചൂതുകളിയാണല്ലോ ഇത്രയും കുഴപ്പമുണ്ടാക്കിയത് ഭഗവാൻ പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ സഹായിച്ചില്ല ഞാൻ എപ്പോഴും റെഡിയാണ് പക്ഷെ എനിക്ക് ആരുടെ കാര്യത്തിലും പ്രവേശിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അനുവദിക്കണം ദുര്യോധനൻ ബുദ്ധിപൂർവ്വം പറഞ്ഞു എനിക്ക് കളിക്കാനറിയില്ല എനിക്ക് പകരം എന്റെ അമ്മാവൻ ശകുനി കളിക്കൂ എന്ന് പറഞ്ഞു ധർമ്മപുത്രർക്ക് പറഞ്ഞുകൂടായിരുന്നോ എനിക്കും കളിക്കാനറിയില്ല എനിക്ക് പകരം കൃഷ്ണൻ കളിക്കുന്നു പറയായിരുന്നില്ലേ ഞാൻ റെഡി എന്നാണ് ആദ്യത്തെ പകടയിൽ തന്നെ കളി തീർത്തു കൊടുത്തിട്ടത് പക്ഷേ സ്വയം കളിക്കാനുള്ള അഭിമാനമാണ് മുഖ്യം ഭഗവാനെ കളിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിയമം അതാണ് നമ്മൾ കളിക്കുന്നതിന് പകരം ഭഗവാനെ കളിക്കാൻ വിട്ടാൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്വയം കളിക്കുന്നതാണോ കുഴപ്പം മുഴുവൻ കൃഷ്ണനെ കളിക്കാൻ പറ്റാ നമ്മൾക്ക് കുഴപ്പമില്ല ജയമാണ് എല്ലായിടത്തും പക്ഷേ നമ്മൾ കൃഷ്ണനെ കളിക്കാൻ വിടുന്നതിന് പകരം നമ്മൾ കളിക്കുകയാണ് താൻപാതി ദൈവം പാതി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താൻപാതി തീരുകയില്ല ഈ താൻപാതി തീർന്നിട്ടേ ദൈവം പാതി വരുള്ളൂ സത്യം സത്യമേവ ജയത്തെ എന്ന് നമ്മൾ പറയണു സത്യം എന്ന് വെച്ചാൽ ഭഗവാൻ എന്നർത്ഥം സത്യം എന്ന് വെച്ചാൽ വായു കൊണ്ട് പറയണ സത്യ അല്ല എന്നാണ് അർത്ഥം ജീവിതത്തിന് ഈശ്വരനായിട്ട് നിയമിച്ചിട്ടുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഓരോ ജീവനും നദിക്ക് സമുദ്രം ലക്ഷ്യസ്ഥാനം പോലെ ഓരോ ജീവനും തുടങ്ങിയെടുത്തു പോയി നിൽക്കണം ഭഗവത് പ്രാപ്തി നേടണം എന്നുള്ളതാണ് പ്രകൃതിയാ ഉള്ള നിയമം ആ നിയമത്തിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ സത്യനിഷ്ഠരാണോ ഭഗവാൻ പറഞ്ഞു ഞാൻ ആയുധം എടുക്കില്ലാന്ന് പറഞ്ഞു ഭാരതത്തില് ഭീഷ്മരുടെ യുദ്ധം ഭയങ്കരമായ യുദ്ധം കണ്ടിട്ട് അർജുനൻ ശരിക്കും യുദ്ധം ചെയ്യുന്നില്ല അവസാനം കണ്ട് ചക്രം എടുത്തു ചക്ര എടുത്ത് തേരിൽ നിന്നും ചാടുകയാണു അർജുനൻ കൃഷ്ണന്റെ കാലുകെട്ടിക്കൊണ്ട് പറഞ്ഞു ഭഗവാനെ ആയുധം എടുക്കരുത് അങ്ങ് സത്യം ചെയ്തിട്ടുണ്ട് ഞാൻ ആയുധം എടുക്കില്ലാന്നൊക്കെ പറഞ്ഞ് സത്യം ചെയ്തിട്ട് സത്യലംഘനം ചെയ്യരുത് ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ അങ്ങ് സത്യലംഘനം ചെയ്യരുത് ഭഗവാൻ പറഞ്ഞു എനിക്കിതൊന്നും പ്രശ്നമല്ല എന്നാണ് ത്യജ ധർമ്മം അധർമ്മം ജ ഉഭേ സത്യാജ ഉഭേ സത്യാജ സീതത്യജ അഭിമാനം പോയവൻ അവൻ സത്യനിഷ്ഠനാണ് അപ്പൊ ഈശ്വര സാക്ഷാത്കാരത്തിനെ അല്ലെങ്കിൽ പരമമായ ഹിതത്തിനെ ഉദ്ദേശിച്ചു കൊണ്ട് പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവർത്തികളുമാണ് സത്യം അല്ലാതെ പുറമേക്കുള്ള സത്യം മാത്രം നോക്കിയാൽ ചിലപ്പോ അത് അസത്യമായിട്ട് തീർന്നേക്കാം അതുകൊണ്ട് ലക്ഷ്യം എപ്പോഴും മുമ്പ് പറഞ്ഞ കാര്യം സത്വസംശുദ്ധി എപ്പോഴും ഉണ്ടാവുന്നു ഭഗവത്പ്രാപ്തിയെ മുമ്പിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം ജീവിക്കാൻ അങ്ങനെ ജീവിച്ചാൽ അഹിംസ സത്യം അക്രോധ പരൈഹി ആകൃഷ്ട അഭിഹത പ്രാപ്തസ് ക്രോധസ്യ ഉപശമനം മറ്റുള്ളവര് നമ്മളെ ഉപദ്രവിച്ചാൽ പോലും ദ്വേഷം ഉണ്ടാവാൻ പാടില്ല ക്രോധം എന്ന് പറഞ്ഞാൽ കോപം ക്രോധം എന്ന് രണ്ടു വാക്കുവാണെങ്കിൽ പറയാം നമുക്ക് ഇപ്പൊ അമ്മ കുട്ടിയോട് ദേഷ്യപ്പെടുന്നു അത് ക്രോധമല്ല കുട്ടിക്ക് നന്മ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് കുട്ടി ചിലപ്പോ മണ്ണ് വാരി തിന്നാൽ ചിലപ്പോ ഒരു തല്ലുകൊടുക്കും അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല അമേരിക്കയില് ഒക്കെ സൈക്കാട്രി കോൺഷ്യസ് ആണ് എല്ലാത്തിനും സൈക്കാട്രിസ്റ്റ് ആണ് കൗൺസിലിംഗ് ഇപ്പോ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞു ഭാരതത്തിൽ ഒരു കാലത്ത് ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് ഭ്രാന്താസ്പത്രി വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ ഇപ്പോ സർവത്ര സൈക്കാട്രിസ്റ്റ് ആണ് എല്ലാ സ്കൂളുകളിലും സൈക്കാട്രിസ്റ്റ് വന്ന് തുടങ്ങിക്കഴിഞ്ഞു വേണോ വേണ്ടോ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ കൗൺസിലിംഗ് കുട്ടികൾക്കൊക്കെ സൈക്കാട്രിസ്റ്റ് ഒരു കൊച്ചുകുട്ടി മറ്റൊരു വീട്ടിലേക്ക് അതിഥിയായിട്ട് പോയപ്പോ ആ കുട്ടി ആ വീട്ടിലുള്ള കുട്ടിയുടെ സൈക്കിളിന്റെ മേലെ കയറിയിരുന്നു കയറുന്നതിനത്ത് ആ കുട്ടി പറഞ്ഞു ഈ സൈക്കിൾ എനിക്ക് വേണം എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകണം ഞാൻ ഇറങ്ങില്ല സാഠ്യം അമ്മേ അച്ഛനും കുട്ടി എന്തൊക്കെയോ പറഞ്ഞു മനസ്സിലാക്കി വെച്ച് നോക്കി കുട്ടി അതും കിടന്നില്ല കുട്ടിയെ തല്ലാൻ പാടില്ല എന്താന്ന് വെച്ചാൽ തല്ലിക്കഴിഞ്ഞാൽ കുട്ടി ഹർട്ടാവും അതും അമേരിക്കയിലൊക്കെ കുറച്ച് വലുതായ ശേഷം ഒരു പത്ത് പതിനഞ്ച് വയസ്സിന് ശേഷം കുട്ടിയെ തല്ലിയ കുട്ടി പോലീസിന് കൂട്ടിക്കൊണ്ടുവന്ന് അമ്മയെ അച്ഛനെയും ജയിലിൽ കേൾക്കും അതാണ് അവിടുത്തെ ജീവിത സമ്പ്രദായം കുട്ടിയെ അടിക്കാനൊന്നും പാടില്ല അപ്പൊ കുട്ടിയെ മനസ്സ് വേദനിപ്പിക്കരുത് ചീത്ത പറയരുത് അതുകൊണ്ട് കുട്ടിയുടെ അടുത്ത് പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചു കുട്ടി ചെയ്യില്ല അവസാനം ഒരു ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ വിളിച്ചു സൈക്കാട്രിസ്റ്റ് മോട്ടോർ ബൈക്കിൽ വന്നു കൂടെ ഒരു അസിസ്റ്റന്റും ഉണ്ട് വന്നിട്ട് ആദ്യം തന്നെ ഈ അമ്മയും അച്ഛനെയും വിളിച്ച് ബില്ലൊക്കെ എഴുതി കൊടുത്തു കുട്ടി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ്ട് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞാൽ എഴുതി കൊടുത്തു പണം ആദ്യം തന്നെ വാങ്ങിച്ചു അത് കുട്ടി നോക്കണ്ടേ എന്നിട്ട് പതുക്കെ കുട്ടിയുടെ എന്താ കുഴപ്പം ചോദിച്ചു ഇതുപോലെ കുട്ടി പറഞ്ഞാൽ കേൾക്കണില്ല സൈക്കിളിൽ നിന്ന് ഇറങ്ങണില്ല ഞങ്ങൾ പറഞ്ഞു നോക്കി ഒന്നും ശരിയാവുന്നില്ല ഇത്രയോ വേണ്ടു ആ സൈക്കിളിൽ നിന്നും മടിയുമില്ലാതെ കുട്ടി ഇറങ്ങി വരണമല്ലോ സൈക്കാട്രിസ്റ്റ് പതുക്കെ കുട്ടിയുടെ മുതുക തട്ടി ചെവിയിലെന്തോ പറഞ്ഞു അടക്കമായിട്ട് കുട്ടി സൈക്കിളിൽ നിന്ന് ഇറങ്ങി അമ്മയുടെ മടിയിൽ പോയിട്ടിരുന്നു അച്ഛനും അമ്മയും ചോദിച്ചിട്ട് എന്താ പറഞ്ഞു ഞങ്ങൾ എത്ര നേരമേ മെനക്കിടണു ഉം അത് പറഞ്ഞു തരാൻ പറ്റില്ല അത് ട്രേഡ് സീക്രട്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയി പോകുമ്പോ സൈക്കാട്രിസ്റ്റിന്റെ അസിസ്റ്റന്റ് ചോദിച്ചു അച്ഛനും 3 ഇത്രയും മെനക്കെട്ടിട്ട് നടക്കാത്ത കാര്യം നിങ്ങൾ എന്ത് മന്ത്ര ഒരു മന്ത്രവും ഇല്ലടോ കുട്ടിയുടെ അടുത്ത് കുട്ടിക്കോ അറിയാം ബുദ്ധിയുണ്ട് ഞാൻ പ്രൊഫഷണൽ ആണെന്ന് അറിയാം പണം വാങ്ങിച്ചു ഇതൊക്കെ കുട്ടി കണ്ടു അപ്പൊ ഞാൻ സീരിയസ് ആയിട്ടാണ് വന്നിരിക്കണെന്ന് കുട്ടിക്കറിയാം കുട്ടിയുടെ അടുത്ത് പറഞ്ഞു നോക്കൂ എന്നെ സൈക്കിളിൽ നിന്ന് എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് മര്യാദക്ക് നല്ല പൂശു പൂശു എന്ന് പറഞ്ഞത്ര നാടൻ മരുന്ന് നാട്ടും മരുന്ന് ഇറന്നില്ല കുട്ടി മടി അച്ചടക്കത്തോടെ ഇറങ്ങി അമ്മയുടെ മടി പോയിരുന്നു ഇത് അമ്മയോ അച്ഛനോ ഇത് കുട്ടിക്ക് ചിലപ്പോ ചെയ്താൽ അത് ക്രോധല്ല കുട്ടിക്ക് ഹിതം വരാൻ വേണ്ടി ചിലപ്പോൾ ചീത്ത പറയുകയൊക്കെ ചെയ്യുമായിരിക്കും അതിൽ ദ്വേഷമില്ല കുട്ടിക്കും ദ്വേഷമൊന്നും ദ്വേഷമൊന്നുമില്ല പക്ഷേ ക്രോധം എന്ന് പറയണത് സ്വാർത്ഥതയുടെ എനിക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോ വരുന്ന വികാരമാണ് ധ്യായത്തോ വിഷയാൻപുംസഹ സംഗസ്തേഷൂ ഉപജായത്തെ സംഘാത് സഞ്ചായതേ കാമ കാമാരോധോപിജായ ഭഗവാൻ തന്നെ പറഞ്ഞു ക്രോധം എങ്ങനെയാ വരുന്നത് ഒരു വിഷയം വേണമെന്ന് ആശിച്ചു അല്ലെങ്കിൽ നമ്മൾ ഒരു പൊസിഷൻ വേണമെന്ന് ആശിച്ചു അത് നമുക്ക് കിട്ടാതെ വേറെ ആർക്കെങ്കിലും കിട്ടിക്കഴിയുമ്പോ വരുന്ന വികാരത്തിന് പേരാണ് ക്രോധം ക്രോധത്തിന്റെ പേരിലാണ് നാട്ടിലെ എല്ലാവിധ യുദ്ധവും യുദ്ധവും ശണ്ടയും ഒക്കെ നടക്കുന്നത് അധ്യാത്മസാധകനെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തുന്ന ഏറ്റവും വലിയ വികാരങ്ങളൊന്നാണ് ഈ ക്രോധം മാത്സര്യം ആ ക്രോധ ഇല്ലാതിരിക്കുക ആചാര്യസ്വാമികൾ പറഞ്ഞു മറ്റുള്ളവർ ഉപദ്രവിച്ചാൽ പോലും ക്രോധം ഉണ്ടാവാൻ പാടില്ലാകുന്നു മറ്റുള്ളവർ തല്ലിയാൽ പോലും ക്രോധം ഉണ്ടാവാൻ പാടില്ല അപമാനിച്ചാൽ സന്തോഷിച്ചോളന്നാണ് രമണൻ ഭഗവാന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയുമ്പോൾ എങ്ങനെ ദേഷ്യപ്പെടാതിരിക്കും മറ്റുള്ളവർ നമ്മളെ ചീത്ത പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം മഹർഷി പറഞ്ഞു നീ അയാളുടെ കൂടെ ചേർന്നിട്ട് നീ എന്നെ തന്നെ ചീത്ത പറഞ്ഞോളൂന്ന് അയാൾ ചീത്ത പറയണത് നിന്റെ ശരീരത്തിനെയാണ് നിന്റെ അഭിമാനത്തിനെയാണ് അയാൾ നിനക്ക് ഉപകാരമാണ് ചീത്തയറിയുന്നത് സ്വയമേവ അവനവന്റെ അഭിമാനത്തിനെ ടക്കണത് നല്ലതാണ് വേറെ ഒരുത്തരം നിന്ദിച്ചു തരുമ്പോ അയാളുടെ കൂടെ ചേർന്നിട്ട് നീയേ നിന്ദിച്ചോളൂ മഹാത്മാക്കളുടെ ജീവിതത്തിലൊക്കെ ഇതുപോലത്തെ സംഭവങ്ങൾ കാണും ഇപ്പൊ പറഞ്ഞല്ലോ ചന്ദ്രശേഖരേന്ദ്രസരസ്വതി സ്വാമികൾ അദ്ദേഹം ത്തിന്റെ കാലത്ത് ഒരാള് അദ്ദേഹത്തിനെ കുറിച്ച് പലതും പുസ്തകം എഴുതി ഒരു ചെറിയ മാസ പുസ്തകം പോലെ അടിച്ചിറക്കി അദ്ദേഹത്തിനെ പല ചീത്തയും വിളിച്ച് എഴുതി എന്നിട്ട് ആ പുസ്തകം മഠത്തിലേക്ക് അയച്ചു കൊടുത്തു ഒരു ശിഷ്യനത് നോക്കിയിട്ട് പറഞ്ഞു എന്താ ഈ പുസ്തകം എഴുതിയിരിക്കണത് സ്വാമികൾ ഒരു റിയാക്ഷനും ഇല്ലാതെ വീണ്ടും ഒരു കോപ്പി വന്നു അപ്പോ ശരിക്കും മഠത്തിലെ മാനേജർക്ക് ദേഷ്യായി അദ്ദേഹം പറഞ്ഞു നോക്കൂ ഇങ്ങനെ രണ്ടു മൂന്നും കോപ്പി അയച്ചാൽ നമ്മൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും സ്വാമികളും തിരിച്ച് അദ്ദേഹത്തിനോട് എന്ത് ചെയ്യും അല്ല എന്ത് ചെയ്യും നമ്മൾ എന്തെങ്കിലും മറുപടി കൊടുക്കണ്ടേ ഇതിനെ ഞാൻ പറയണത് ഒരു കാര്യം കേൾക്കുവോ ഓ കേൾക്കാം അയാൾ എത്ര കോപ്പി ആ പുസ്തകം അടിച്ചിട്ടുണ്ടോ അത് മുഴുവൻ വില കൊടുത്ത് വാങ്ങിക്കും മഠത്തിലെ മാനേജർക്ക് ഉള്ളില് വലിയ സന്തോഷം തോന്നി എന്താന്ന് വെച്ചാൽ സ്വാമികൾക്ക് നല്ല ബുദ്ധിയുണ്ട് വളരെ ക്ലവർ ആണ് കാരണം ഈ പുസ്തകം ചെലവാകാതിരിക്കാൻ നമ്മൾ തന്നെ പൈസ കൊടുത്തൊക്കെ വാങ്ങിക്ക അപ്പൊ പിന്നെ ചിലവാകില്ലല്ലോ അതാണ് ഉദ്ദേശിച്ചതെന്നാണ് വിചാരിച്ച് സ്വാമികൾ പറഞ്ഞു ആ പുസ്തകം എത്ര പ്രിന്റ് ചെയ്യണ്ടോ അത് മുഴുവൻ വാങ്ങിക്കും എന്നിട്ട് ഞാൻ എവിടെയൊക്കെ ക്യാമ്പിന് പോകണ്ടോ അവിടെയൊക്കെ മുമ്പിൽ വെക്ക വരുന്നവർക്കൊക്കെ ഓരോ കോപ്പി കൊടുക്കുക അത് വായിച്ച ശേഷം എന്റെ അടുത്ത് വരുന്നവർ വന്നാൽ വന്നിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ ഉപകാരം എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കും വായിക്കട്ടെ വായിച്ചിട്ട് അതിനുശേഷം എന്റെ അടുത്ത് വരണ ഒരു വന്നാമതി അപമാനത്തിനെ ഭയപ്പെടുമ്പോഴാണ് ക്രോധം വരുന്നത് ഒരു വശത്ത് അസമ്മാനാത്ത് തപക്ഷയ ഉദ്ധവൻ ഏകാദശത്തിൽ ഭഗവാനോട് ചോദിക്കണ തന്നെ അതാണ് എന്ത് വേണമെങ്കിൽ ഭഗവാനെ സഹിക്കാം പക്ഷെ മറ്റുള്ളവർ നമ്മളുടെ മേലെ കാണിക്കുന്ന അതിക്രമത്തിന് സഹിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ശാരീരികമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണാലിറ്റിയെന്താ ക്യാരക്ടർ അസാസിനേഷൻ എന്ന് പറയില്ലേ നമ്മളെ ദൂഷ്യം ചെയ്യുക ഇതൊക്കെ വരുമ്പോഴാണ് ഏറ്റവും വിഷമം തോന്നുക ഭഗവാൻ അതെങ്ങനെ തടസ്സം ചെയ്യും എങ്ങനെ അത് കിടക്കും അപ്പോഴാണ് ഭഗവാൻ ആ ഭിക്ഷുഗീതം പറയണത് ആ ഭിക്ഷു വലിയ പണക്കാരനായിരുന്ന ആള് പണമൊക്കെ നഷ്ടപ്പെട്ടുപോയി അവസാനം സന്യാസിയായി സന്യാസിയായിട്ട് നടക്കുമ്പോൾ ആളുകളൊക്കെ ഉപദ്രവിക്കുക ഒരാളെ കയ്യിലുള്ള ദണ്ഡം വാങ്ങിച്ച് പൊട്ടിച്ചു കളഞ്ഞു ഒരാൾ ഉടുത്തിരിക്കുന്ന കാഷായ തുണി വലിച്ചു കയറി ഒരാൾ തലയിൽ മലമൂത്ര വിസർജനം ചെയ്തു ഭിക്ഷ എടുത്തുകൊണ്ട് വരുന്നതിൽ ചളിവാരി എറിഞ്ഞു പല ദ്രോഹം ചെയ്തപ്പോഴും ഭിക്ഷു ഒരു ചലനമില്ലാതിരിക്കുക അപ്പോ നാട്ടുകാരൊക്കെ കണ്ടിട്ട് ചോദിക്കുക എന്താ ഇങ്ങനെ ഒരു കുഴപ്പം വരാൻ കാരണം എനിക്ക് ഒരു കുഴപ്പമില്ലല്ലോ ഇത്രയധികം അവര് ദ്രോഹിച്ചിട്ടും തിരിച്ചു ദ്രോഹമില്ല എന്തുകൊണ്ട് ദ്രോഹിക്കണില്ല എനിക്ക് ദ്രോഹിക്കാൻ അവരെന്നെ ഉപദ്രവിച്ചില്ലല്ലോ ഈ ശരീരത്തിനല്ലേ ഉപദ്രവിക്കണത് നായം ജനോമേ സുഖദുഃഖഹേതുഹൂ നാത്മാ ഗ്രഹകർമ്മ കാലഹ മനഃപരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേദ്യത്ത് ഇവരാരും എന്നെ ഉപദ്രവിക്കുന്നില്ല എന്നെ എത്ര ഉപദ്രവിച്ചാലും അവരൊക്കെ എനിക്ക് ഉപകാരം ചെയ്യണം ഒരു വിധത്തിൽ പറഞ്ഞാൽ എന്റെ കർമ്മം തീർന്നു പോകാണെന്ന് ധരിച്ചാലും നല്ലത് ശരി ആ ഉപദ്രവമൊക്കെ സഹിക്കുന്നത് കൊണ്ട് കർമ്മം തീർന്നുപോയി പിന്നെ ശരീരത്തിനല്ലേ ഉപദ്രവിക്കണം ഒരു കുഴപ്പമില്ല ഉപദ്രവിക്കട്ടെ ചീത്ത വിളിക്കട്ടെ നിന്ദിക്കട്ടെ ഒക്കെ അർച്ചനയായിട്ട് പൂജയായിട്ട് ഏറ്റവും എടുത്തോളാം ഭഗവാൻ തന്നെ ശിശുപാലൻ എത്ര ചീത്ത വിളിച്ചിട്ട് കേട്ടു ശിശുപാലൻ എണ്ണി എണ്ണിച്ചീത്തെ വിളിക്കുകയാണ് കൃഷ്ണനെ ഞങ്ങളുടെ അവിടെ തിരുവണ്ണാമലയിൽ തെരുക്കൂത്ത് നടക്കണം ഈ നാട്ടും പുറത്ത് ഗ്രാമങ്ങളൊക്കെ കൂത്ത് അപ്പൊ ഈ ഗ്രാമങ്ങൾ ഈ തെരുക്കൂത്തിലൂടെയാണ് നമ്മുടെ സംസ്കാരമൊക്കെ ഈ ചേരികളിലൊക്കെ പോയി ചേരുന്നത് നമുക്കത് കണ്ട വളരെ ഒരു സംസ്കാരമില്ലാത്തവരുടെ ഒരു ഒരു കളിയായിട്ടാണ് തോന്നുക പക്ഷെ അതില് ഞാനിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് നാലുവേദം ആറ് ശാസ്ത്രം അറുപത്തിനാല് കലകൾ ഉപനിടങ്ങൾ എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെയാണ് ഈ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ അറിവൊക്കെ പോയി എത്തിയിരിക്കണതേ അതിൽ ഈ ശിശുപാലവധാണ് കഥ ആ ശിശുപാലൻ ഭഗവാനെ ചീത്ത വിളിക്കണതാണ് ഇടയ്ക്കിടയ്ക്ക് എണ്ണും ഇപ്പം എത്രയായി ചോദിക്കും ഭഗവാനെ കുറെ ചീത്ത വിളിച്ചിട്ട് ശിശുപാലൻ തന്നെ കണക്കെടുക്കാണ് കാരണം നൂറ്റിയെട്ട് വിളിച്ചാലേ അഷ്ടോത്തരം കഴിഞ്ഞാലേ ഭഗവാൻ കൊല്ലുള്ളൂ അപ്പൊ ഭഗവാന്റെ കൈ കൊണ്ട് മരണം കിട്ടാൻ വേണ്ടി ശിശുപാലൻ എണ്ണി എണ്ണി ചോദിക്കും കുറെ കൃഷ്ണനെ പറയും കൃഷ്ണൻ കുട്ടിക്കാലത്ത് വെണ്ണ കെട്ടത് മുതൽക്ക് ഓരോ അസുരനെയും രാക്ഷസനെയും വധിച്ചതൊക്കെ കുറ്റമായിട്ട് ആരോപിക്കും എല്ലാം കഴിഞ്ഞ് നൂറ്റിയെട്ടും പറയും ഈ തെരുക്കൂത്തിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോ അത് കുറെ തമാശ ഉണ്ടാവും അതില് ഈ ശിശുപാലനായിട്ട് നടിക്കുന്ന ആളോ ഇപ്പത്ര അമ്പത് ഇനിയൊന്നും പറയാനില്ല അയാൾക്ക് അപ്പൊ പിന്നെ അവസാനം തോന്നിയതൊക്കെ പറയും കൃഷ്ണൻ ഈ ആർക്കാട് നവാബിന്റെ സ്ഥലം വാങ്ങിച്ചിട്ട് പണം കൊടുത്തില്ല അതാണ് ഒരു കുറ്റം ഇതൊക്കെ അവരുടെ തമാശ ആണ് വെച്ചാൽ ഒരർത്ഥില്ലാതെ എന്തെങ്കിലുമൊക്കെ നിന്ദിക്കാം എല്ലാം കഴിഞ്ഞ് നൂറ് കഴിഞ്ഞിട്ടാണ് ഭഗവാൻ വധിക്കുന്നത് ശിശുപാലൻ അപ്പോ ഈ നിന്ദാം ഇതൊക്കെ സഹിക്കാന്നാണ് ചീത്ത വിളിക്കണതോ നമ്മളെ കുറ്റം നമുക്ക് ഇതിപ്പോ പ്രസംഗത്തിന് ഇപ്പൊ പറയുമ്പോ ഒക്കെ കൊള്ളാം ജീവിതത്തിൽ വ്യവഹാരത്തിൽ വരുമ്പോ ഓഹരി വെക്കുമ്പോ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടേണ്ടത് ഏട്ടനോ അനിയനോ കൊടുത്താൽ ഓരോ കുടുംബക്കാര് കാണിക്കുന്നത് കാണും ഒലക്ക നാലായിട്ട് മുറിക്കണം എന്ന് പറഞ്ഞു അവസാനം ഭാഗം വെച്ചിട്ട് ബാക്കി വന്നത് ഒരു ഒലക്കയാണ് അത് മുറിച്ചിട്ട് ആർക്കും പ്രയോജനപ്പെടില്ല നടുവേ കീറുക എന്ന് പറഞ്ഞുത്രേ എന്നുവെച്ചാ രണ്ടുപേർക്കും പ്രയോജനപ്പെടില്ല ഞാൻ കാര്യം വരുമ്പോ നമുക്ക് ക്രോധമൊന്നും പോല ഏട്ടനോടും അനിയനോടും ചിലർക്ക് അമ്മയോടും അച്ഛനോടും പോലും ക്രോധാണ് അധ്യാത്മ വരുമ്പോൾ നമ്മൾ ജപം ചെയ്യുന്നുണ്ടോ ധ്യാനം ചെയ്യുന്നുണ്ടോ പൂജ ചെയ്യുന്നുണ്ടോ സഹസ്രനാമം ജപിക്കുന്നുണ്ടോ ഇതൊക്കെ സെക്കൻഡറിയാണ് ദ്വേഷ ഉള്ളിലുണ്ടോ എന്ന് നോക്കിക്കൊള്ളും അത് ഉള്ളു പോയാലേ രക്ഷയുള്ളൂ ദ്വേഷം ഉള്ളു പോകണം അത് ഉള്ളിലുണ്ടാവാൻ പാടില്ല അക്രോധ അടുത്തത് പറയുന്നത്തെന്ന് വെച്ചാൽ അവനവനന്റെ അവനവന് ഒരുപാട് വില കൊടുക്കുക അതിനാണ് അതിമാനിത എന്ന് പേര് താൻ എന്തോ ആണ് എന്ന് ധരിച്ചു തനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത കൽപ്പിച്ചു ഒരു മാസ്ക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ മാസ്ക് ആണ് അതിനാണ് അതിമാനിത ആ അതിമാനിത വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്രീഡം പോയി സ്വാതന്ത്ര്യമൊക്കെ പോയി കുറച്ച് പ്രസിദ്ധിയും പേരും പുകഴും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമാണ് ഈ അതിമാനിത ഇപ്പൊ ഞങ്ങളെ പോലെയുള്ളവരെയൊക്കെ നാലുപേരും നമസ്കരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നും പിന്നെ അതിമാനിത വരും പിന്നെ നമസ്കരിച്ചില്ലല്ലോ വന്നപ്പോന്ന് തോന്നുന്നു ഇപ്പൊ ഞങ്ങളുടെ കുഴപ്പമില്ല നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾ കൊറേ പേര് നമസ്കരിച്ചു ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് അവൻ അഹങ്കാരാണ് അവനുണ്ടാവുമായിരിക്കും എന്താ വെച്ചാൽ നാലുപേരും നമസ്കരിച്ചാൽ അവൻ എന്താ നമസ്കരിച്ചാ ഒട്ടനെ ഉള്ളിൽ തോന്നലാണ് ഇതൊക്കെ അതിമാന്യത നമ്മള് ഭഗവാൻ പറയും നമ്മൾ മറ്റുള്ളവരെ തത്വമസിന്ന് ഉപയോഗി ഉപദേശിച്ചാൽ അവര് നമ്മളെ അതത്വമസിന്ന് പഠിപ്പിക്കും എന്നാണ് എന്നുവെച്ചാൽ ശരീരത്തിന് നമ്മൾ അവരെ ആത്മാവാണെന്ന് ഉപദേശിച്ചാൽ അവര് നമ്മളെ ശരീരമാണെന്ന് പഠിപ്പിക്കും വീണ്ടും വീണ്ടും ശരീരത്തിനെ പൂജിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് ശരീരത്തിൽ നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തും എന്നർത്ഥം എന്നിട്ട് ഒരു അഭിമാനിത ഒരു പ്രത്യേകത മഹർഷി ഒരുപക്ഷെ അത് പോലെ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ കാണിക്കാൻ പറ്റുമോ എന്നറിയില്ല അമ്പത്തിനാല് വർഷം ഞാനനിഷ്ഠനായിട്ട് ഇരുന്നിട്ട് ഇപ്പൊ നമുക്ക് പോലും ഇപ്പൊ കഴുത്തിൽ ഒരു മാലയൊക്കെ ഇടണു ഒരു മാലയിടാനോ ഒരു പാദപൂജ ചെയ്യാനോ ഒന്നും സംതിച്ചിട്ടില്ല അമ്പത്തിനാല് വർഷം കഴുത്തിൽ ഒരു മാലയിടാനോ ഒരു പാദപൂജ ചെയ്യാനോ എന്തെങ്കിലും കാല് തൊട്ട് നമസ്കരിക്കാനോ ഒന്നും നമസ്കരിക്കണം ഒക്കെ ദൂരത്തൊന്നും ശരി അതൊന്നും താൻ കണ്ടതായിട്ട് നടിക്കൂല നമസ്കാരമൊന്നും താൻ കണ്ടതായിട്ടേ നടിക്കില്ല അതുകൊണ്ട് ആശീർവാദമോ നമസ്കാരമോ ഒന്നുമില്ല ജീവൻ മുക്തന്റെ ലക്ഷണം മുഴുവൻ അവിടെ കാണണം ആശീർവാദവുമില്ല നമസ്കാരവുമില്ല ഒന്നുമില്ല അഭിമാന അതിമാനിത ഇല്ലായ്മയാണ് എല്ലാവരുടെ കൂടെയും ഉണിക്കാനിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നതേ തനിക്കും തരാൻ പാടുള്ളൂ എല്ലാ പണിയും താൻ ചെയ്യും അടുക്കളയിൽ പോയി അരി അരച്ച് മാവ് ദോശയ്ക്കും ഇഡ്ലിക്കും മാവരച്ച് കൊടുക്കും പാചകം ചെയ്യും ഒരു ദിവസം വേർത്ത് കുളിച്ച് തീ ചുട്ട് ശരീരമൊക്കെ വേർതിരിക്കണു ചെറിയ ചെറിയ കുരു പോലെ കയ്യിൽ പൊന്തിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഒരു ഭക്തൻ പറഞ്ഞു ഭഗവാൻ മാറും ഞാൻ ഈ അരി അരയ്ക്കാം എന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് ഭഗവാനെ മാറ്റിയിട്ട് താൻ അരി അരയ്ക്കാൻ തുടങ്ങി അപ്പൊ ഭഗവാൻ പറഞ്ഞു വിശ്വനാഥ വിശ്വനാഥൻ പേര് വിശ്വനാഥ മുമ്പൊക്കെ മലയുടെ മുകളിലിരിക്കുമ്പോ ഞാൻ സ്വതന്ത്രമായിട്ട് ഭിക്ഷ എടുക്കാൻ പോവും അപ്പൊ ആർക്കും ഉപദ്രവമൊന്നുമില്ല നാല് വീട്ടിൽ പോയി കിട്ടിയ ഭിക്ഷ കൊണ്ട് എല്ലാരും കൂടെ കഴിക്കും അപ്പോ സ്വതന്ത്രമായിരുന്നു ഇപ്പോ ആശ്രമത്തില് നമ്മൾ ചോദിക്കാതെ തന്നെ അവർ ശാപ്പാട് തരണം എന്ന് വെച്ചാൽ ആശ്രമം തന്റെ അടുന്ന് കരുതിയതേ ഇല്ല എന്നർത്ഥം നമ്മൾ ചോദിക്കാതെ തന്നെ അവർ ശാപ്പാട് തരണം അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഇപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കാൻ എനിക്ക് ചെയ്യാൻ ഉള്ളത് നീ ചെയ്യാൻ സമ്മതിച്ചില്ല നീ ഇപ്പോ ഞാൻ അരിയരയ്ക്കാൻ പുറപ്പെട്ടപ്പോ നീ വാങ്ങിച്ചല്ലോ നീ ഒരു കാര്യം ചെയ്യുന്നു എന്റെ തുണി അലക്കാനുള്ളത് ഇങ്ങോട്ട് തരൂ ഞാൻ അലക്കി വെക്കാം എന്നുള്ളത് നീ അലക്കാൻ വെച്ചിരിക്കുന്ന തുണി ഇങ്ങോട്ട് തരും ഞാൻ അലക്കി വെക്കാം തനിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടോന്നോ താൻ എന്തെങ്കിലും സെപ്പറേറ്റ് ഒരിക്കൽ ജയന്തി ആഘോഷം എന്ന് വലിയ തിരക്കായിരുന്നു അവസാന കാലത്തൊക്കെയാണ് അതൊക്കെ സംഭവിച്ചത് അപ്പോ കുറെ ഭക്തന്മാർ പുറത്തു നിന്നൊക്കെ ചിലരൊക്കെ വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്നു അവിടെയൊക്കെ സന്യാസികളെ പരദേശികൾ പറയും അപ്പോൾ സന്യാസികൾ എന്ന് വെച്ചാൽ എല്ലാവരും സന്യാസികളല്ല ഭിക്ഷാന്തേഹികളെ ഭിക്ഷക്കാരുണ്ട് അവരൊക്കെ കഷായം ധരിച്ചവരായിരിക്കും എല്ലാവരും സമ്പ്രദായമായ സന്യാസം എടുത്തവരൊന്നും ആയിരിക്കില്ല അപ്പൊ ഈ ഭിക്ഷ ഭിക്ഷാന്തേഹികളായിട്ടുള്ളവരൊക്കെ അവിടെ പരദേശികളാണ് പരദേശി എന്ന് പറയും അപ്പൊ ചില മഠാധിപതിയോ ഇല്ലെങ്കിൽ ഒരു വില ഉള്ള സന്യാസിയൊക്കെ ആണെങ്കിൽ സ്പെഷ്യലായിട്ട് ഉള്ളിൽ വരുവായിരിക്കും ഈ ഭിക്ഷക്കാരൊക്കെ എല്ലാവരും ഊണ് കഴിക്കേണ്ട സമയത്ത് അവിടെ അപ്പൊ ഈ ക്യൂ അവിടെ നിൽക്കുന്ന ഈ വോളണ്ടിയേഴ്സ് ആരോ ഒരാൾ പറഞ്ഞു പരദേശികളൊക്കെ രണ്ടാം മന്തിയിലാണെന്നോ ഭക്ഷണത്തിന് രണ്ടാം മന്തിയിൽ ഇരുന്നാ മതി അപ്പൊ ഊണ് കഴിക്കാൻ എല്ലാവരും ഇരുന്നു കഴിഞ്ഞ് മഹർഷിയെ കാണാനില്ല അന്വേഷിച്ചു നോക്കി ഒരിടത്തും കിട്ടിയില്ല അവസാനം ആരോ പറഞ്ഞു ഇതാ ആശ്രമത്തിന് പുറകിൽ ഒരു സ്ഥലത്തുണ്ട് പല കൊത്തല്ല ഉണ്ട് അവിടെ പോയി വിളിച്ച് ഭഗവാന് എല്ലാരും ഊണ് എല്ലാവരും ഊണ് കഴിക്കാൻ പറയൂ വരാതെ എങ്ങനെ കഴിക്കും അല്ല ആരോ പറഞ്ഞു പരദേശികൾക്കൊക്കെ രണ്ടാം പന്തിയാണെന്ന് പറഞ്ഞു ഞാനാണല്ലോ അവിടുത്തെ ആദ്യത്തെ പരദേശി എന്നാണോ അതിമാനിത മാനം എന്ന് വെച്ചാൽ അസംഷൻ എന്നർത്ഥം അസ്യൂമി താൻ എന്തോ ആണ് എന്നൊന്ന് തീരുമാനിക്ക മഹാത്മാക്കളുടെ ഒക്കെ മഹത്വം ഈ നാതിമാന്യതയാണ് അമാനിത്വം എന്ന് ഭഗവാൻ ഇനിയും ആ ലക്ഷണം പറയാൻ പോകും നമുക്ക് ഈ ലക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ധ്യാനിച്ച് ഉണ്ടാക്കിക്കൊള്ളണം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ഒരിടത്ത് ഒരു പ്രസംഗം ചെയ്യുകയാണ് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പുതിയ ആധുനിക വിദ്യാഭ്യാസത്തിൽ ചെറുപ്പക്കാരൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിന്റെ ടോക്ക് കേൾക്കാനായിട്ട് പ്രസംഗം കേൾക്കാനായിട്ട് വരികയാണ് അന്ന് ട്രെയിൻ ഇറങ്ങിയപ്പോ കൂലിയൊന്നും കിട്ടിയില്ല അയാൾ നല്ല പാൻ്റ് സൂട്ടുമായിട്ട് വരുമ്പോ ഒരു കച്ചം കെട്ടി ഒരു ജുബ ഇട്ട ഒരു മധ്യവയസ്സിന് മേലെ ആയൊരു അല്പം വയസ്സായ ഒരാളോടെ നിൽക്കുന്നുണ്ട് അയാളെ വിളിച്ചിട്ട് ചോദിച്ചു ഇതൊന്ന് എടുക്കുവോ ചോദിച്ചു പെട്ടി എടുക്കാമല്ലോ എന്ന് പറഞ്ഞു എവിടേക്കാ ഇന്ന സ്ഥലം ഞാനും അങ്ങടേക്ക് തന്നെയാണ് എടുക്കാമെന്ന് പറഞ്ഞു ആ പെട്ടി അയാളുടെ തലയിൽ വെച്ച് ഈ ചെറുപ്പക്കാരനങ്ങൾ നടന്നു അദ്ദേഹം പെട്ടിയും കൊണ്ടുവന്നു പെട്ടിയും കൊണ്ടുവന്ന് അവസാനം കൊടുത്തു കൊടുത്തപ്പോ കൂലി കൊടുത്തപ്പോ കൂലിയൊന്നും വേണ്ടു ഈ ഒരു ഉപകാരത്തിനൊക്കെ എന്തിനാ കൂലിന്ന് തന്നിട്ട് പോയി വൈകുന്നേരം പ്രസംഗത്തിന് പോകുമ്പോ തന്റെ പെട്ടിയെടുത്തോണ്ട് വന്ന ആളാണ് യേശ്വരചന്ദ്ര വിദ്യാസാഗർ അവിടെ ഈ ചെക്കന് എങ്ങനെ ഉണ്ടാവും ഇയാൾക്ക് എങ്ങനെയുണ്ടാവും അല്ലാതെ അവമാനം തോന്നി അവസാനം വിശ്വചന്ദ്ര വിദ്യാസാഗ് എടുത്തുപോയി പറഞ്ഞു ഞാൻ വലിയ തെറ്റ് ചെയ്തു അറിയാതെ നിങ്ങളാണെന്ന് നോക്കൂ ഞാനാണെന്ന് അറിയാതെ ചെയ്തതും ഒരു കാര്യമൊന്നുമില്ല ആരാണെങ്കിലും അവനവന്റെ ജോലി ചെയ്യാൻ ഈ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനൊരു കൂലി ഒന്നും ആവശ്യമില്ല വയ്യെങ്കിൽ വയ്യായികയാണ് ശരീരാസ്വാസ്ഥ കുഴപ്പമില്ല നിനക്ക് ആരോഗ്യം ഉണ്ടല്ലോ എനിക്കിപ്പോ ഉണ്ട് അതുകൊണ്ട് എടുക്കുമോ ചോദിച്ചപ്പോ ഞാൻ എടുത്തു അതിലിപ്പോ വലിയ കാര്യമൊന്നുമില്ല അത് അതിമാനം ഇല്ലായ്മ ഈ ഈ ഓരോ ആശയവും അനുസന്ധാനം ചെയ്ത് ധ്യാനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ് മഹാപുരുഷന്മാരുടെ ജീവിതത്തിൽ നമുക്കിത് ധാരാളം കാണാം ഈ അതിമാനിത വേറെ ഗാംഭീര്യം വേറെ അതിമാനിത എന്ന് പറയുന്നത് ഈഗോന്റെ ലക്ഷണമാണ് ഗാംഭീര്യം ഈശ്വരൻ നിന്ന് മഹാപുരുഷന്മാരിൽ അതിമാനിത ഇപ്പൊ കാഞ്ചി പരമാചാര്യ ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി സ്വാമികളെ കുറിച്ച് പറഞ്ഞുവല്ലോ അദ്ദേഹം മഠാധിപതിയായി എല്ലാരെ കൊണ്ടും ആരാധ്യനായി നാട് മുഴുവൻ ആനയും കുതിരയുമായിട്ട് നടന്നൊരു കാല ഉണ്ട് അതേ ആള് തന്നെ മഠാധിപത്യൊക്കെ വിട്ട് അവധൂതനെ പോലെ കൗബീനമാത്രധാരിയായിട്ട് നടന്ന കാലമുണ്ട് എന്നുവച്ചാൽ നടന്ന് ഭാരതം മുഴുവൻ നടന്നിട്ടുണ്ട് തൊണ്ണൂറാമത്തെ വയസ്സിൽ കാഞ്ചീപുരത്തുനിന്ന് നടന്ന് സത്താറ വരെ പോയി മഹാരാഷ്ട്ര വരെ ആ യാത്രയുടെ വീഡിയോ ഫോട്ടോ ഒക്കെ കാണണം നമ്മൾ വിചാരിക്കാം ഒരു വലിയ മഠാധിപതി ആയതുകൊണ്ട് എല്ലാ സൗകര്യവും ഉണ്ടാവുമെന്ന് വിചാരിക്കും ആ ഫോട്ടോ വീഡിയോ കണ്ടാൽ നമുക്ക് കാണാം റോട്ടില് മതിലിന്റെ ചോട്ടില് കുളത്തിന്റെ വക്കല് ഇവിടെയൊക്കെയാണ് കിടക്കുക അതുമാത്രമല്ല കൂടെ പോയ ചില പലരെയും എനിക്ക് നല്ല പരിചയമുണ്ട് ഒരാൾ പറഞ്ഞു ഒന്നും പറയണ്ട ഈ നടനിലം പോണേ ചിലപ്പോ ഏത് സ്ഥലത്താണ് താമസം എന്ന് അറിയില്ല അവസാനം ഒരു ദിവസം താമസിച്ചത് ജയിലിന്റെ ഉള്ളാണത്ര പഴയ ജയില് അപ്പൊ കൂടെ പോയ ആള് പറഞ്ഞു അയ്യേ ജയില തങ്ങരുത് ജയിലിയാ പഠുക്കരുത് സ്വാമികൾ പറഞ്ഞത് അതിനെന്താ ഭഗവാൻ ജനിച്ചത് ജയിലിലല്ലേ ഭഗവാനെ ജനിച്ചത് ജയിലിൽ അല്ലേ നമ്മൾ ജയിലിൽ പോയി കിടന്നെന്താതിമാനിത അല്പം പോലും അതിമാനിത ഇല്ലായ്മ വലിയ മടാധിപതിയാണ് സ്വാമികളാണെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എത്ര ഗാംഭീര്യവും ഗൗരവവും പോകുന്ന സ്ഥലത്ത് എത്രയൊക്കെ ബഹുമാനവും ഒക്കെ വേണം അല്ലേ ഒരു വൃദ്ധ ഒരു മുത്തശ്ശി എനിക്കറിയാം ആ അമ്മ എൻ്റെ അടുത്ത് സ്വാമികളുടെ കൂടെ ഇരുന്നതാണ് ആ അമ്മ പറഞ്ഞു എന്തൊക്കെ നിങ്ങൾക്ക് അനുഭവങ്ങളെന്ന് ചോദിച്ചാൽ ആ അമ്മ ഒരു ഇൻസിഡന്റ് പറഞ്ഞത് ഒരു ദിവസം രാവിലെ അഞ്ചു മണിക്ക് ആ മുത്തശ്ശിക്ക് എവിടെയോ കല്യാണത്തിന് പോണം പുറപ്പെട്ടതാണ് ആരുമില്ല സ്വാമികൾ രാവിലെ എണീറ്റ് കല്യാണത്തിന് പോകേണ്ട ചോദിച്ചത് ഞാൻ ബസ് കയറ്റി വിടാം തോന്നിട്ട് രാവിലെ അഞ്ചു മണിക്ക് ഈ വൃദ്ധയെ കൂട്ടിക്കൊണ്ടുപോയി ദണ്ണുകാണിച്ച് ബസ് നിർത്തി ബസ് ഡ്രൈവറാകും ബസ് നിർത്തി എറിഞ്ഞ് നമസ്കരിച്ചു എന്നിട്ട് ആ പ്യൂടിനെ കൊണ്ടുപോയി ക്ലീനറിനെ കൊണ്ടുപോയി ബാഗ് ഒക്കെ എടുത്തോണ്ട് ഒരിച് ബസ്സിൽ കയറ്റി വിട്ടു എന്നാണ് നോക്കണം തന്റെ സ്ഥാനം മാനം ഒന്നും താൻ കോൺഷ്യസേ അല്ല അങ്ങനെ ഇരിക്കാൻ കഴിയുമോ നമ്മള് അല്പന് സ്വല്പം കിട്ടിയാ ബാതിരാക്കും കുട പിടിക്കുന്നതാണ് നമ്മൾ നമ്മൾക്ക് അല്പം കിട്ടിയാ മതി എന്തു ഗൗരവം ഇല്ലേ നാല് ദിവസം കാറിൽ പോയാ രണ്ടാമത്തെ ദിവസം നടന്നു പോകാൻ പേടിയാണ് നാലുപേര് നമ്മളെ കുറിച്ച് എന്തു പറയും ഇത്ര ദിവസം കാറിൽ പോയിട്ട് ഇപ്പൊ നടന്നു പോയാ എന്തു പറയും മോശല്ലേ ഇത്ര ദിവസം കാറിൽ പോയി അതിമാനിത ഇല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ അഭിമാനത്തിൽ പിടിപാടില്ലെങ്കിൽ സ്വതന്ത്രരാവും അക്രോധോ നാതിമാനിത ഞാൻ എന്റെ വലിയ ആളാണ് ഞാൻ എന്നുള്ളത് ഇല്ലെങ്കിൽ അഹിംസ സത്യം അക്രോധ ത്യാഗശാന്തിരപേശനോ അതിമാനിത അടുത്തതിലാണ് വരുന്നത് ഞാനിവിടെ തന്നെ പറഞ്ഞു ത്യാഗശാന്തിരപൈശ്ണം സത്യം അക്രോധ ത്യാഗ ആ ലക്ഷണം മുതൽക്ക് നമ്മൾ നാളെ കാണാം ശ്ലോകം നോക്കാതെ നാതിമാനിതയിലേക്ക് പോയി ഞാന് നാളെ തുടർന്ന് കാണാം രാവിലെ ഏഴുമണിക്ക് ഉള്ളത് നാൽപ്പത് പതിപോലെ വൈകിട്ട് ആറര മണിക്ക് ഭഗവത്ഗീത വൈകിട്ട് കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ോ പ്രാംഗണരിണലോലമ പരമായാസം മാതാമ ഭു ക്ഷഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ജ ഗോവിന്ദം പരമാനന്ദം പരമാനന്ദം ഭജഗോവിം പരമാനന്ദം സ്ന വ്യാളയോഷി ുപാദയാഗമുരുൂഢം വ്യാധി സന്താദ്യുപുർഷം നിർധൂതയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്തം സത്ര പ്രണമത ഗോവിന്ദം ോവിം പരമാനന്ദം ഭജ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം കാണമാതിമി കാനഭാസം ീഗ കാളിയ ശിരസി സുനൃത്യം മുഹുരത്യന്തം കാളം കലിതാശേഷം കലിദോഷഘ്നം കാളത്രയതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദ നിശീത്തെ തമ ഉദ്ഭൂത്തെ ജയമാന ജനാർദ്ദന ദക്കിയവരുണ്യം വിഷുസർഗുഹയ ആവിസീത് യഥാച്യം ദിശീന്ദുരിവ പുഷ്കല തമദ്ഭുതം ബാലകംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുദായുധം श्रीवत्सलक्ष्मं ഗണശോഭസ്തുമം പീതംബരം സന്ദ്രപയോദസൗഭം മഹാർഹവൈഢൂൂൂൂൂൂൂൂൂൂര്യകിരീടകുണ്ടലത്വിഷാപരിഷക്തസഹസ്രകുന്തളം ഉദ്ധാമ കതകണാദിർ വിരോചമാനം വസുദേവ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസോനി സത്യം സത്യ സത്യം വൃതസത്യനേത്രം സയാത്മകം രണം പ്രപന്നേ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഹരെ ഹരി ഹരെ രാമ ഹരേ രാമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദന സങ്കീർത്തനം എ മസി ത്വമസ്തി യഥം കൂരുമാം തഥൈ ം ആത്മന